ശോചതിമുക്ത വിമുച്യത്തെ ുചിഷ ഹോതിഷർ നൃഷദ്വരസദ്സദ് അബ്ജ ഗോജ അദ്രിജത് ഊർധം പ്രാണമുന്ന അനം പ്രത്യേക മധ്യേവാമനമാസീനം വിശ്വാസത്തെ അസ്രംസമാന ശരീരസ്ഥൈ തത് മതിോ ജീവതികരേണു ജീവന്തിന് ഇതം പ്രവക്ഷ്യമി ഗുഹ്യം ബ്രഹ്മസനം യഥ മരണം പ്രാപ്യ ആത്മാവതി ഗൗതമ യോനിമന്യേ പ്രപയ ശരീരേനു മയേനു സംയന്തിയ യുത സു ജാഗർത്തി ർമിമാണുക്തമു തസ്ോകൃ തധുനത്തെ अग्नर यथैको अग्नको भुवनम प्रविष्ट एगस्तर्वूता प्रतिपो ब वायुर भुवनं रूपम प्रतिरूपो യുര്യൈകോ ഭുനം പ്രവിഷ്ടോഭൂകൂതരാത്മാ ം രുൂപം प्रतिरूपो ബ സൂര്യോ യഥോക ചക്ഷുർ നാക്ഷുഷാഹ്യ ദോഷസ്തൂതമാ ലിപ്യതി ലോകദുഃഖേന ബാഹ്യ ശീ സർഭൂതരാത്മാ എം ബഹുധരോ തേനു പശ്യം സുഖം ശതം നേതരേഷം ോ നിേശേകൂ വിദാതി കാത്മസ്ഥം യു പശ്യ ധീരാതരാ തദ്ത അനുദ്ദേശ്യം പരമം സുഖം കഥം നു തദ്യാതിന്ദ്കേമ വിദ്യദോ ഭാവി കൂതവ ഭതി താസാസമം ബിഭാതി രണ്ടാമത്തെ മന്ത്രമാണ് ചർച്ച ചെയ്തത് രണ്ടാമത്തെ മന്ത്രത്തിൽ ആത്മാവിന്റെ സർവാത്മഭാവം ആത്മാവ് തന്നെയാണ് സർവരൂപത്തിന് സ്ഥിതി ചെയ്യുന്നത് എന്നാണ് പറഞ്ഞത് അതിന് ഈ പ്രപഞ്ചത്തിന്റെ വിഭിന്ന ഭാവങ്ങളെ വിഭിന്ന ഘടകങ്ങളെ ആത്മാവിന്റെ തന്നെ സ്വരൂപങ്ങളായിട്ടിവിടെ വർണ്ണിച്ചു അടുത്ത മന്ത്രത്തിന് മൂന്നാമത്തെ മന്ത്രത്തിന്റെ ആമുഖമായിട്ട് ഭാഷകാരൻ പറയുന്നു ആത്മനഹ സ്വരൂപാധിഗമി ലിംഗം ആത്മാവിന്റെ സ്വരൂപി സ്വരൂപജ്ഞാനത്തിന് എന്താണ് ആത്മാവിന്റെ വാസ്തു സ്വരൂപം ലിംഗത്തെ അടയാളത്തെ പറയുന്നു അങ്ങനറിയുന്നതിനുള്ള അതാണ് അടുത്ത മന്ത്രം പ്രത്യർ മേവാസം ഹൃദയാത് ൃത്തിയും വായും ഉന്നയതി ഊർധ്വംഗമേതി ആത്മാവ് ഈ ശരീരത്തിൽ ഇരുന്ന് പ്രവർത്തിക്കുന്നു എങ്ങനെയാണ് പ്രവർത്തിക്കുന്നു ഈ ആത്മാവ് ശരീരത്തിൽ സ്ഥിതി ചെയ്യുന്നു എന്നുള്ളതിന് എന്താണ് നമുക്ക് അടയാളമായിരിക്കുന്നത് എന്നാണ് പറയുന്നത് ഹൃദയാതൂർധ്വം ഹൃദയദേശത്ത് നിന്ന് ഹൃദയ പ്രദേശത്ത് നിന്ന് മുകളിലേക്ക് പ്രാണവൃത്തിം വായും പ്രാണരൂപത്തിൽ പ്രവർത്തിക്കുന്ന അല്ലെങ്കിൽ പ്രാണപരിണാമത്തിലുള്ള ആ വായുവിനെ ഉന്നയതി ഊർധ്വം നയതി പ്രാണന്റെ ഗമനം ഈ ശരീരത്തിൽ ഊർധ്വമുഖമായിട്ടാണ് ഹൃദയദേശത്ത് നിന്ന് മുകളിലേക്ക് സഞ്ചരിച്ചു കൊണ്ടിരിക്കും ശരീരത്തിന്റെ മധ്യഭാഗത്താണ് ഹൃദയം സ്ഥിതി ചെയ്യുന്നത് സ്ഥൂലമായ ഹൃദയം ആ ഹൃദയദേശത്ത് നിന്നുകൊണ്ട് പ്രാണനെ മുകളിലേക്ക് ചലിപ്പിച്ചുകൊണ്ടിരിക്കുന്നത് അതാണ് ആത്മാവ് ആത്മാവാണ് അങ്ങനെ ചലിപ്പിക്കുന്നത് പ്രാണൻ ജഡമായ ഒരു വസ്തുവാണ് ജഡമായ ഒരു വസ്തുവിന് സ്വയം ചലിക്കാൻ സാധ്യമല്ല അപ്പൊ അതിനെ ചലിപ്പിക്കുന്നതിന് പിന്നിലൊരു ചേതനൻ വേണം ആ ചൈതന്യസ്വരൂപനായ ആത്മാവ് ഹൃദയദേശത്ത് ഇരുന്നു കൊണ്ട് ആ പ്രാണൻ ഊർധമുഖമായി മുകളിലേക്ക് സഞ്ചരിച്ചു കൊണ്ടിരിക്കുന്നത് ഏതൊരുവനാണോ തഥ അതുപോലെ പ്രത്യേക ശബ്ദത്തിന് താഴേക്ക് എന്നാണ് അർത്ഥം അസ്യതി ക്ഷിപതി ചലിപ്പിക്കുന്നത് നയിക്കുന്നത് ഏതൊരുവനാണോ യാതി വാക്യ വിശേഷ എന്ന് നമ്മളവിടെ ഒരു വാക്യത്തെ കൂട്ടിച്ചേർത്തോളം യഹ ഊർധം പ്രാണം ഉന്നയതി യഹ അപാനം പ്രത്യതി എന്നിങ്ങനെ ക്ഷിപതി എറിയുക എന്നുള്ള അർത്ഥം എന്ന് വെച്ചാൽ അതിന് ബലാൽക്കാരമായി പ്രവർത്തിപ്പിക്കുന്നു എന്നതുപോലെ അത് പ്രവർത്തിച്ചുകൊണ്ടിരിക്കുന്നു ഹൃദയദേശത്തു നിന്നാണ് അപാനമായോ താഴേക്ക് പ്രവർത്തിക്കുന്നത് അതിന്റെ പ്രവർത്തികളിൽ ഏർപ്പെടുന്നത് അവിടെ നിന്ന് തന്നെ പ്രാണവായു ഊർജ്വമുഖമായും പ്രവർത്തിച്ചു കൊണ്ടിരിക്കുന്നു ഇങ്ങനെ പ്രവർത്തിക്കണമെങ്കിൽ ഇത് രണ്ട് വിരുദ്ധ ദിശകളിലേക്ക് വിരുദ്ധ സ്വഭാവത്തിൽ ഈ രണ്ട് പ്രാണന്മാരും പ്രവർത്തിക്കുന്നത് ഹൃദയത്തിൽ ചൈതന്യം ജീവാത്മാവ് ഹൃദയത്തിൽ ഇരിക്കുന്നത് കൊണ്ടാണ് അതുകൊണ്ടാണ് ഹൃദയത്തെ ജീവന്റെ സ്ഥാനമായി പറയുന്നത് അല്ലെങ്കിൽ ഹൃദയം ജീവന്റെ സ്ഥാനമാണെന്ന് പറയുന്നതിന് കാരണം ഇതാണ് കാരണം പ്രാണപ്രവൃത്തികളെല്ലാം ഹൃദയത്തെ കേന്ദ്രീകരിച്ചാണ് നടക്കുന്നത് അതിന് വളരെ പ്രത്യക്ഷമായിരിക്കുന്ന പ്രാണാപാനന്മാർ അതിനെ ഹൃദയത്തിൽ കേന്ദ്രീകരിച്ചാണ് പ്രവർത്തിപ്പിക്കുന്നത് അങ്ങനെ പ്രവർത്തിപ്പിക്കുന്നതാരോ അതാണ് ജീവൻ അതാണ് ജീവാത്മാവ് അതുകൊണ്ടാണ് ഹൃദയത്തെ ജീവന്റെ സ്ഥാനമായി നിർദ്ദേശിക്കുന്നത് ഹൃദയത്തിൽ ധ്യാനിക്കുന്നതും അതുകൊണ്ടാണ് പ്രാണാപാലന്മാരും അതാണ് അടുത്ത് പറയുന്നത് തം മധ്യേ ഹൃദയ പുണ്ഡരീതാകാശി ആസീനം ബുദ്ധി അഭിവ്യക്തി വിജ്ഞാനപ്രകാശനം അങ്ങനെയുള്ള യഹ ക്ഷിപതി യഹ ഗമേതി എന്ന് പറഞ്ഞു ആരാണോ ഇതെല്ലാം ചെയ്യിക്കുന്നത് പ്രാണാപാലന്മാരെ പ്രവർത്തിപ്പിക്കുന്നത് തം അവനെ ആ ജീവാത്മാവിനെ ഇവിടെയിരിക്കുന്നു മധ്യേത്തിൽ സ്ഥിതി ചെയ്യുന്നു ഇവിടെ ഹൃദയപുണ്ടരീകാശം പോലെ താമര പോലെ താമരയുടെ താമരമുട്ടിന്റെ ആകൃതിയിലുള്ള ഹൃദയം ആ ഹൃദയാകാശത്തിൽ ഹൃദയത്തിൽ ഉള്ള ആ സ്ഥാനത്ത് കാശത്തിലെങ്ങനെയിരിക്കുന്നു അത് പറയുന്നു ബുദ്ധു അഭിവ്യക്ത വിജ്ഞാന പ്രകാശനം ഹൃദയത്തിൽ സ്ഥിതി ചെയ്യുക എന്ന് പറഞ്ഞാൽ ബുദ്ധിയിൽ പ്രകടമായിരിക്കുക അറിവിൽ പ്രകടമായിരിക്കുക അറിവായി ഉള്ളിൽ പ്രകാശിക്കുക അറിവിലൂടെ പ്രകാശിച്ചുകൊണ്ടിരിക്കുന്ന ആത്മാവ് അറിവിലൂടെ പ്രകാശിച്ചുകൊണ്ടിരിക്കുന്നു ും അഭിവ്യക്ത വിജ്ഞാന പ്രകാശം അതിന്റെ പ്രകാശം എന്ന് പറയുന്നത് എന്താണ് വിജ്ഞാനം തന്നെ അറിവ് തന്നെയാണ് അതിന്റെ പ്രകാശം എന്ന് പറയുന്നത് ആത്മാവ് അറിവിലൂടെ പ്രകാശിക്കുന്നു അതിന്റെ പ്രകാശനം എന്ന് പറയുന്നത് വിജ്ഞാനം തന്നെ അറിവ് തന്നെയാണ് അറിയുന്നതുകൊണ്ട് ആത്മാവ് ഉണ്ടെന്ന് പറയുന്നു സ്വയം അറിയുന്നത് സ്വയം ഒരാൾ അറിയുന്നു എന്ന് മറ്റൊരാൾക്കും അറിയാൻ കഴിയുന്നു ഇയാൾ അറിവുള്ളവനാണ് കാരണം പ്രതികരിക്കുന്നത് കൊണ്ട് മരിച്ചുപോയി എന്നെന്തുകൊണ്ട് പറയുന്നു അവിടെ ആ ശരീരത്തിൽ പ്രതികരണമില്ല അപ്പോൾ പറയുന്നു അവിടെ അറിവില്ല അയാൾ മരിച്ചുപോയി എന്ന് പറയുന്നു അപ്പോൾ ആത്മാവിൻ്റെ ലിംഗം അടയാളമെന്ന് പറയുന്ന എന്താണ് ഈ വിജ്ഞാന പ്രകാശനമാണ് അറിവായിട്ടുള്ള പ്രകാശനമാണ് അതുകൊണ്ടാണ് ആത്മാവിനെ അറിവു കൊണ്ട് സാക്ഷാത്കരിക്കണമെന്ന് പറയുന്നു അതാണ് അറിവ് അറിവായിട്ട് തന്നെ ആത്മാവിനെ ഗ്രഹിക്കണം എന്നാൽ അത് അറിവായി പ്രകാശിക്കുന്നതുകൊണ്ട് അതിൻ്റെ പൂർണ്ണതയാണ് അതിൻ്റെ പൂർണതയ്ക്ക് വേണ്ടിയിട്ടാണ് ഇവിടെ നമ്മൾ ശ്രുതി അതിൻ്റെ യഥാർത്ഥമായ സ്വരൂപത്തെ വെളിപ്പെടുത്തി പൂർണമായ അറിവിന് വേണ്ടിട്ട് അത് പൂർണമായി തന്നെ ഇരിക്കുന്നു പക്ഷെ അതിന്റെ പൂർണമായ അറിവ് ആ പ്രകാശത്തിനുണ്ടാകുന്നില്ല എന്നാണ് അതായത് ഇവിടെ അറിവിനെ അറിയാൻ ശ്രമിക്കുക അറിവിനെ സ്വയം അറിയാൻ ശ്രമിക്കുന്നതാണ് ജ്ഞാനത്തിന് വേണ്ടിയിട്ടുള്ള ശ്രമം തത്വജ്ഞാനത്തിന് വേണ്ടിയിട്ടുള്ള ശ്രമം അറിവിനെ അറിവ് സ്വയം അറിയാൻ ശ്രമിക്കുന്നു അതാണ് ള് തത്വജ്ഞാനം സമ്പാദിക്കുക എന്ന് പറയും അവിടെ പ്രത്യേകിച്ച് ഒരു വ്യക്തിത്വത്തിന് പ്രസക്തിയില്ല ഒരു വ്യക്തി ഒരു വിഷയത്തെ അറിയാൻ ശ്രമിക്കുന്ന അല്ല അത് ബാഹ്യ വിഷയങ്ങളെ കുറിച്ചുള്ള അറിവ് വ്യക്തി വിഷയങ്ങളെ അറിയാൻ ശ്രമിക്കുന്നു ഇവിടെ അങ്ങനെ അല്ല ഇവിടെ അറിവ് സ്വയം അറിയാൻ ശ്രമിക്കുന്നു അതാണ് ഈ അറിവിനെ തന്നെയാണ് ചിലയിടത്ത് ബുദ്ധി മനസ്സ് അന്ധകരണം ഈ പലതരത്തിലും പറയും അറിയാൻ ശ്രമിക്കുന്ന അറിവിന് അപ്പൊ അറിയാൻ അറിവ് എന്തിനാ അറിയാൻ വേണ്ടി ശ്രമിക്കണം കാരണം അറിവ് എന്ന് പറയുമ്പോൾ തന്നെ സ്വയം അറിഞ്ഞുകൊണ്ടിരിക്കുന്ന അതാണ് സ്വയം പ്രകാശിക്കുന്നതെന്ന് പറയും അത് പ്രത്യേകിച്ച് അറിവിന് വേണ്ടിയിട്ടുള്ള ഒരു ശ്രമം എന്തുകൊണ്ട് കാരണം അറിവിന്റെ ഈ അറിവ് അപൂർണം അതിന്റെ ഒരു അപൂർണത അനുഭവപ്പെടുന്നു ആ അപൂർണതയുടെ സൃഷ്ടിയാണ് നമ്മൾ സംസാരം എന്ന് പറയും ആ അറിവിന്റെ അപൂർണതയാണ് അപ്പൊ ആ അപൂർണത വേണ്ടി ശ്രമം അതാണ് ശ്രുതി നമ്മളെ ബോധിപ്പിക്കാൻ ശ്രമിക്കുന്നത് അറിവിനെ ബോധിപ്പിക്കാൻ ശ്രമിക്കുകയാണ് അപ്പൊ ഈ ശ്രുതി എന്ന് പറയുന്നതും വാസ്തവത്തിൽ ബാഹ്യമായിട്ടുള്ളതല്ല ശ്രുതി എന്ന് പറയുന്നതും വാസ്തവത്തിൽ ആന്തരികമാണ് അതാണ് ശ്രുതിയുടെ പ്രത്യേകതയും അതാണ് കാരണം ഈ അറിവ് അറിവിനെ കുറിച്ചുള്ള സർവപ്രാണികൾക്കും സാധാരണമാണ് സഹജമാണ് തന്നെ അറിയാത്ത ആരുമില്ല സർവ്വപ്രാണികളിലും സഹജമായിരിക്കുന്ന അറിവിനെ ശ്രുതി ബോധിപ്പിക്കാൻ ശ്രമിക്കുകയാണ് അതുകൊണ്ടാണ് പറയുന്നത് ശ്രുതി അനാദിയാണ് ശ്രുതി ഈശ്വരൻ ഉപദേശിച്ചാണ് എന്ന് നാം പറയുന്നു കാരണം ഈ ശ്രുതി ആന്തരികമാണ് ശ്രുതി പുറപ്പെടുന്നതും അറിവിൽ നിന്നാണ് അറിവിൽ നിന്നാണ് ഈ ശ്രുതി ഉണ്ടായത് തസ്യ നിശ്വസിതവേദേദ സമവേദ എന്നെല്ലാം പറയുന്നത് ഈ അറിവിന്റെ നിശ്വാസമാണ് എന്നാ പറയുന്നു അറിവിൽ നിന്ന് തന്നെ നിർഗമിക്കുന്നതാണ് ശ്രുതി ശ്രുതിയുടെ അസാധാരണത്വം അപൂർവത എന്ന് പറയുന്ന അതാണ് അത് അറിവിൽ നിന്ന് നിർഗമിക്കുന്നു എന്നുള്ളതാണ് ശ്രുതിയുടെ സവിശേഷത അതായത് ഈ അറിവിനെക്കുറിച്ചുള്ള ബോധം നമുക്ക് പലതരത്തിലും ഉണ്ടാകുന്നുണ്ട് മറ്റു ഗ്രന്ഥങ്ങളിൽ നിന്നും ഉപദേശങ്ങളിൽ നിന്നും എല്ലാം നമുക്ക് ഈ അറിവിനെക്കുറിച്ച് അറിയുന്നുണ്ട് അതുകൊണ്ട് തന്നെ ശ്രുതി പറയും നമ്മളെ വാസ്തവത്തിൽ അപൂർവമായ ഒന്നിനെ ശ്രുതി ബോധിപ്പിക്കുകയല്ല സിദ്ധ വസ്തുപ്രകാശനപരമാണെന്ന് പറയും ശ്രുതി സുദ്ധമായ വസ്തുവിന് എന്നുവെച്ചാൽ നമുക്ക് അറിയാവുന്ന ഒരു വസ്തുവിനെ തന്നെ പ്രകാശിപ്പിക്കുകയാണ് ശ്രുതി അറിയാൻ പാടില്ലാത്ത ഒന്നിനെ ബോധിപ്പിക്കാൻ ശ്രമിക്കുക തന്നെ അറിയാവുന്ന ഒന്നിനെ ശ്രുതി ബോധിപ്പിക്കാൻ ശ്രമിക്കുക മറ്റുപദേശങ്ങളിൽ നിന്നും ശ്രുതിക്കുള്ള പ്രത്യേകത യാതാണ് മറ്റുപദേശങ്ങൾക്കില്ലാത്ത ഒരു സവിശേഷത ഈ ശ്രുതിക്കുണ്ട് അതുകൊണ്ടാണ് ആചാര്യസ്വാമി നേരത്തെ പറഞ്ഞ എന്താണ് മാതൃ പിതൃ ഹിതേഷണി ശ്രുതി എന്ന് പറഞ്ഞു കഴിഞ്ഞ ദിവസം ആയിരം മാതാപിതാക്കളെക്കാളും ഹിതേഷിയാണ് ശ്രുതി അതാണ് ശ്രുതിയുടെ പ്രതീകതയും അതാണ് മറ്റൊരു ഉപദേശത്തിനും ഇല്ലാത്ത ഒരു സവിശേഷത അതുകൊണ്ട് കാരണം ആ അറിവിൽ നിന്ന് അതിന്റെ നിശ്വാസം പോലെ പുറപ്പെടുന്നതാണ് ശ്രുതി എന്ന് പറയും അതുകൊണ്ട് തന്നെ ശ്രുതി പറയുന്നതാണ് ശ്രോതവ്യ ശ്രുതിവാക്യഭ്യ ശരിക്കും ഈ ആത്മാവിനെക്കുറിച്ച് ശ്രവിക്കേണ്ടത് ശ്രുതിവാക്യങ്ങളിൽ നിന്നാണ് ശ്രവിക്കേണ്ടതെന്നാണ് അതിനാർ വ്യാഖ്യാനിക്കുന്നു വിശദീകരിക്കുന്നു ഉപദേശിക്കുന്നു എന്നുള്ളതിനല്ല അതിനേക്കാൾ പ്രാധാന്യം അത് ശ്രുതിയാണ് എന്നുള്ളതാണ് ശ്രുതി ശ്രുത്യാത്മകമായ ആ ശബ്ദം അതിന് മറ്റു ശബ്ദങ്ങളിൽ നിന്നും വിശിഷ്ടതയുണ്ട് അതിന് വൈശിഷ്ട്യമാണ് മറ്റു ശബ്ദങ്ങളെപ്പോല കാരണം ഈ ആധ്യാത്മികമായ ഈ ആത്മാവിനെ കുറിച്ചുള്ള അറിവ് ഈ അറിവെന്ന് പറയുന്നത് നമ്മളെ സംബന്ധിച്ചിടത്തോളം പുതിയ കാര്യമല്ല നമ്മൾ നിരന്തരം കേട്ടിട്ടുള്ളതാണ് പല രീതിയിലും പല പുസ്തകങ്ങളിൽ നിന്നും വായിച്ചിട്ടുള്ളതാണ് പല പ്രഭാഷണങ്ങൾ കേട്ടിട്ടുള്ളതാണ് ഉപദേശങ്ങളിൽ നിന്നും മനസ്സിലാക്കിയിട്ടുള്ളതാണ് ഒരു പുതിയ കാര്യം നമ്മൾ മനസ്സിലാക്കുകയല്ല വാസ്തവത്തിൽ ചെയ്തു പക്ഷേ ശ്രുതിയിലൂടെ മനസ്സിലാക്കുന്നു എന്നുള്ള ഒരു വിശേഷതയാണ് അതിനുള്ളത് ശ്രുതി ശബ്ദാത്മകമാണ് ശ്രുതി എന്ന് പറയുന്നു ശബ്ദാത്മകമായ ശ്രുതി നമ്മളെ ബോധിപ്പിക്കുന്ന എന്താണ് ആ ശ്രുത്യർത്ഥത്തെ ബോധിപ്പിക്കുന്നു ഈ ശ്രുതിയർത്ഥത്തെ വാസ്തവത്തിന് ഈ ശ്രുതി അർത്ഥത്തെ ആരാ ബോധിപ്പിക്കുന്നത് അറിവാണ് ബോധിക്കുന്നത് നമ്മൾ മനസ്സെന്നോ അന്തൊക്കെ എന്നോ എന്നോ ഈ അറിവാണ് ശ്രുതിയർത്ഥത്തെ ബോധിപ്പിക്കുന്നു ശ്രുതി അർത്ഥം എന്താണ് ശ്രുതിയർത്ഥമെന്ന് പറയുന്ന ഈ അറിവ് അതാണ് നേരത്തെ ഞാൻ പറഞ്ഞത് ആ അറിവ് അറിവിനെ ബോധിക്കുന്നു ശ്രുതി ശ്രുത്യർത്ഥത്തെ ബോധിപ്പിക്കുന്നു അതിനോട് പറഞ്ഞ വിജ്ഞാന പ്രകാശം അതാണ് ശ്രുതിയുടെ ഒരു പ്രത്യേകത അപ്പൊ ശ്രുതി അറിവിൽ നിന്ന് തന്നെ പുറപ്പെട്ടിരിക്കുന്നുണ്ട് അതൊരു ഈശ്വരന്റെ നിശ്വാസമാണ് അറിവിൽ നിന്ന് തന്നെ പുറപ്പെട്ട ഈ ശ്രുതി അതിന്റെ ഉറവിടത്തെ അതിനെ ബോധിപ്പിക്കുകയാണ് അത് ശ്രുതി ശ്രുതി അർത്ഥത്തെ ബോധിപ്പിക്കുന്നു പറയുന്നു അത് അറിവിനെ ബോധിപ്പിക്കുന്നു അതിന് രണ്ടു തലം ഒന്ന് ശബ്ദ ശബ്ദാത്മകമായ തലം ശ്രുതിയുടെ പിന്നെ അർത്ഥതല ഈ ശ്രുതിയുടെ ശബ്ദാത്മകമായ തലവും അർത്ഥതലവും ഇതിനുള്ള ഈ ശബ്ദവും അർത്ഥവും തമ്മിലുള്ള വ്യത്യാസം അല്ലെങ്കിൽ ഈ ശബ്ദത്തിനും അർത്ഥത്തിനും ഇടയ്ക്കുള്ള തലം ഇതിനവില്ലായ്മ പറയുന്നു ശ്രുതി ശബ്ദാത്മികയായ ശ്രുതിയും ശ്രുത്യർത്ഥവും ശ്രുത്യർത്ഥം എന്ന് പറയുന്ന അറിവ് ഇതിൻ്റെ ഒരു ചെറിയ ഒരു മറവുണ്ട് അതിനെ നമ്മൾ അവിദ്യ മായ അജ്ഞാനം എന്നെല്ലാം വിളിക്കുന്ന അതിനെയാണ് അപ്പൊ ശബ്ദത്തിലൂടെ മറവില്ലാതെ അല്ലെങ്കിൽ ആ മറവ് മാറി ആ ശ്രുതി നിമിത്തമായി അർത്ഥം പ്രകാശിക്കുകയാണെങ്കിൽ അവന്റെ ഉള്ളിൽ ബോധമുണ്ടാവും ആത്മപ്രകാശം ഉണ്ടാവും ശ്രുതി നമ്മളെ ശബ്ദാത്മകമായി നമ്മുടെ ശ്രവണകുടങ്ങളിലൂടെ അത് എത്തിച്ചേരുന്ന എവിടെയാണ് അറിവിലേക്കാണ് അത് എത്തിച്ചേരുന്നത് ആ ശബ്ദം എത്തിച്ചേരുന്നത് അറിവിലേക്ക് കടന്നിട്ട് ആ അറിവിൽ മൂടൻ മറ അതിനെ നീക്കാൻ ശ്രമിക്കുക പുതിയതായിട്ട് അവിടെ എന്തിനെങ്കിലും ഒന്നും ഉണ്ടാകാൻ ശ്രമിക്കുന്നില്ല അവിടെയുള്ള ആ ശ്രുതി അതിന്റെ അർത്ഥത്തെ പ്രകാശിപ്പിക്കുന്നു എന്ന് പറഞ്ഞാൽ ആ ശബ്ദം അറിവിലേക്ക് കടന്ന് അവിടെയുള്ള മറയെ നീക്കാൻ ശ്രമിക്കുക അതാണ് ഉപനിഷ ശ്രവണത്തിന്റെ അപൂർവത പ്രത്യേകത എന്ന് പറയുന്നത് ഗുരുപദേശിക്കുന്നത് പോലും ശ്രുതിവാക്യമാണ് ഉപദേശിക്കുന്നത് ഗുരുവിന്റെ ഉപദേശവും ശ്രുതിവാക്യത്തിലൂടെയാണ് ഗുരു ഉപദേശിക്കുന്നത് ആണ് മഹാവാക്യം ഉപദേശവും മറ്റും പറയുന്നില്ല തത്വമസീദ് തുടങ്ങിയ ഉപദേശിക്കുന്നതെന്നാണ് ശ്രുതിവാക്യത്തെ തന്നെയാണ് ഗുരു ഉപദേശിക്കുന്നത് ഗുരുവിലൂടെ നമ്മുടെ ശ്രവണ ഇന്ദ്രിയം ഗ്രഹിക്കുന്നതും ആ ശ്രുതിയെ തന്നെ ശ്രവണീന്ദ്രിയം എന്ന് പറയുന്ന മാധ്യമത്തിലൂടെ ഇതിനെ ഗ്രഹിക്കുന്നത് അറിവുകൾ ഇവിടെ പറയുന്ന വിജ്ഞാന പ്രകാശനം എന്ന് പറയുന്ന അറിവ് അതുകൊണ്ട് മറ്റ് പഠനങ്ങളെക്കാളും ഈ ശ്രവണത്തിന് ശ്രുതിയുടെ ഒരു അപൂർവതയുണ്ട് അപ്പൊ അതുകൊണ്ട് ഈ അജ്ഞാനം മറയെ നീക്കുന്നതിന് മറ്റുള്ള മറ്റ് എന്തെല്ലാം ഉപായങ്ങളുണ്ടോ അതിനേക്കാളെല്ലാം ഇതിനൊരു വിശേഷ ശക്തിയുണ്ട് ഈ ശ്രുതി അതുകൊണ്ടാണ് മന്ത്രം ശ്രുതിവാക്യങ്ങളെ മന്ത്രം എന്ന് വിളിക്കുന്നത് കൊണ്ടാണ് മറ്റുള്ള ശബ്ദങ്ങൾക്ക് അതിനുള്ള ശേഷിയില്ലെന്ന് തന്നെ പറയാം കാരണം ഇത് ആ അറിവിൽ നിന്ന് നേരിട്ട് പുറപ്പെട്ടാണ് ഈ ശബ്ദം അതുകൊണ്ട് ഈ ശ്രുതിയുടെ ശ്രമണത്തെ നമ്മൾ പ്രത്യേകമായിട്ട് തന്നെ കണക്കാക്കുന്നു ആര് പറയുന്നു അതിനെങ്ങനെ വ്യാഖ്യാനിക്കുന്നു എന്നുള്ളതിനല്ല പ്രധാനം അശ്രുതി സ്വയം തന്നെ അതിന്റെ അർത്ഥത്തെ നമ്മളെ വെളിപ്പെടുത്താൻ ശ്രമിക്കുകയാണ് അത് നമ്മൾ ശ്രവിക്കുമ്പോൾ അത് സംഭവിച്ചുകൊണ്ടിരിക്കുകയാണ് ക്രമികമായി സംഭവിക്കുന്നു ഈ ശ്രുതിയുടെ ശ്രവണം നടന്നുകൊണ്ടിരിക്കുമ്പോൾ ശ്രമമായി നമ്മുടെ ഉള്ളിലുള്ള ഈ അജ്ഞാന മറ അജ്ഞാന ആവരണം മാറി മാറി വരികയാണ് നമ്മുടെ ഉള്ളിൽ ആ അറിവ് കൂടുതൽ കൂടുതൽ പ്രകടമായി മറ നീക്കി അത് പ്രകടമായി കൊണ്ടുവരികയാണ് അത് ശ്രവണദാർഢ്യം എന്ന് പറയും ശ്രവണദാർഢ്യം കൊണ്ട് സംഭവിച്ചുകൊണ്ടിരിക്കുന്നു അതുകൊണ്ട് ശ്രുതി ഇവിടെ പറയുന്ന വിജ്ഞാന അറിവിന്റെ പ്രകാശനം നമ്മുടെ ഉള്ളിൽ നിരന്തരം സംഭവിച്ചുകൊണ്ടിരിക്കുകയാണെങ്കിലും ശ്രുതി അതിനെ കൂടുതൽ വ്യക്തമായി കൊണ്ടിരിക്കുകയാണ് അതുകൊണ്ട് ഈ ഉപനിഷണത്തെ നമ്മളൊരു പ്രഭാഷണം പോലെ നമ്മുടെ മാനസ ഉല്ലാസത്തിനുള്ളൊരു പ്രഭാഷണം പോലെ പ്രതീക്ഷിക്കരുത് അങ്ങനെ കരുതരുത് അത് കുറച്ചുകൂടി ഗൗരവമുള്ളൊരു സംഗതിയാണ് മനസ്സിന് ഉല്ലാസം ഉണ്ടാക്കാനല്ല ശ്രമിക്കുന്നത് മറിച്ച് മനസ്സിന്റെ അറിവിന്റെ ആ മറയെ നീക്കിക്കളയാനും ഈ മന്ത്രം ശ്രമിക്കുന്നത് അവിടെ വ്യക്തിക്ക് പ്രാധാന്യമൊന്നുമില്ല ശ്രുതിയും അറിവും തമ്മിലുള്ള നേരിട്ടുള്ള ഇടപാടാണ് ശ്രുതി നമ്മുടെ അറിവിനെ വെളിപ്പെടുത്തുന്നു അല്ലെങ്കിൽ ശ്രുതി ഏതെങ്കിലും ഒരു അറിവിനോ നമ്മുടെ എന്നുകൂടി പറയാൻ പാടില്ല ശ്രുതി അറിവിനെ വെളിപ്പെടുത്തും എന്നുവെച്ചാൽ അറിവിലുള്ള മറയുന്നു അതാണ് അതിന്റെ വെളിപ്പെടുത്തൽ എന്ന് പറയുന്നത് അതാണ് ഉപനിഷ ശ്രവണം എന്ന് പറയുന്നു ആ ശ്രുതി ശരിക്കും അത് അറിവിൽ നിന്ന് തന്നെ പുറപ്പെട്ടു വരുന്നത് കൊണ്ട് വാസ്തവത്തിൽ ഈ പ്രവർത്തനം ബാഹ്യമായിട്ടല്ല നടക്കുന്നത് ഒരു വ്യക്തിയിൽ നിന്നും വേറൊരു വ്യക്തിയിലേക്ക് സംഭവിക്കുന്ന ഒരു വ്യക്തി വേറൊരു വ്യക്തിക്ക് അറിവ് പകർന്നു കൊടുക്കുക ശ്രുതി ആ അറിവിൽ നിന്ന് തന്നെ പുറപ്പെട്ട് ആ അറിവിലുള്ള മറയെ നീക്കുകയാണ് ചെയ്യുന്നത് അതാണ് വാസ്തവത്തിൽ സംഭവിക്കുന്നത് അതുകൊണ്ടാണ് ശ്രുതി അനാദി എന്ന് പറയുന്നത് അനാദിയായി ഈ അറിവിൽ തുടർന്നുകൊണ്ടിരിക്കുന്ന ഒരു പ്രക്രിയ അനാദിയായി അറിവിൽ മൂടലുണ്ട് അപ്പൊ അനാദിയായി അറിവിൽ ഉള്ള ഈ മൂടലെന്ന് നീക്കാൻ ഈ ശ്രുതി അനാദിയായി പ്രവർത്തിച്ചു കൊണ്ടിരിക്കുകയാണ് അവിടെ വ്യക്തികൾക്കൊന്നും ഗുരു ശിഷ്യൻ ഇങ്ങനെയുള്ള ഭേദങ്ങളൊന്നും അവിടെ ശ്രുതിയും അറിവും മാത്രം ശ്രുതി അറിവിൽ പ്രവർത്തിച്ചു കൊണ്ടിരിക്കുകയാണ് അതിനെ മാറ്റാൻ വേണ്ടിട്ട് എന്നാണ് നമ്മളതിനെ മനസ്സിലാക്കേണ്ടത് ശ്രവണത്തെ ശ്രുതിയുടെ ശ്രവണത്തെ അങ്ങനെ മനസ്സിലാക്കണം അതിന് മനസ്സിലാക്കി തരുന്നതിന് വേണ്ടിയിട്ടാണ് നമ്മൾ പറയുന്നത് വിജ്ഞാന പ്രകാശനം വിജ്ഞാന രൂപത്തിൽ അത് ഉള്ളിൽ പ്രകാശിച്ചുകൊണ്ടേയിരിക്കും നമ്മളെ പ്രത്യേകിച്ച് ആരും ബോധിപ്പിക്കേണ്ട കാര്യമില്ല അത് പ്രകാശിക്കുന്നത് സർവസിദ്ധമാണ് സർവപ്രത്യക്ഷസിദ്ധമാണ് സർവപ്രത്യ സാക്ഷി എന്നെല്ലാം പറയും വാമനം സംഭജനീയം സംഭജനീയം അതിനെയാണ് ഭജിക്കേണ്ടത് അതിനെയാണ് പരമമായി ആശ്രയിക്കേണ്ടത് ഹൃദയത്തിൽ പ്രകാശിക്കുന്ന അറിവിനെ ആരാണ് അതിനെ ആശ്രയിക്കേണ്ടത് പറയുന്നത് വിശ്വേ സർവേ ദേവ ചക്ഷുരാദയഹ രൂപാതിവിജ്ഞാനം ബലിം ഉപാഹരന്ത ഇവ രാജാനും ഉപാസത്തെ രാജാവിന് ഭൃത്യന്മാർ ഉപാസിക്കുന്നു സേവകന്മാർ ഉപാസിക്കുന്നു അല്ലെങ്കിൽ വൈശ്യന്മാർ ഉപാസിക്കും രാജാവിന് വേണ്ടുന്ന ഇതെല്ലാം കൊടുത്ത് രാജാവിന് പോഷിപ്പിക്കുകയും പരിപാലിക്കുകയൊക്കെ ചെയ്യുന്ന അവർ അവരുപാസിക്കുന്നു അത് ഉപാസിക്കുന്നതുപോലെ ഈ ഹൃദയമധ്യത്തിൽ ശരീരമധ്യത്തിൽ ഹൃദയദേശത്തിരിക്കുന്ന ഈ അവിടെ സ്ഥാനം ഉറപ്പിച്ചിരിക്കുന്ന ഈ ജീവന് അറിവിന് പ്രാണാദികൾ ചക്ഷുരാദി ഇന്ദ്രിയങ്ങൾ ഉപാസിക്കുകയാണ് നിരന്തരം സേവിച്ചു കൊണ്ടിരിക്കുകയാണ് പ്രകാശ രൂപത്തിലുള്ള അതിനെ എങ്ങനെ സേവിക്കുന്നു ബലിം ഉപാഹരന്ത അതിന് കാഴ്ച വസ്തുക്കൾ സമർപ്പിച്ചുകൊണ്ട് രാജാവിനെങ്ങനെയാണോ പൊന്നും പട്ടും എല്ലാം കൊണ്ട് കാഴ്ച വെച്ച് മറ്റുള്ളവർ ഉപാസിക്കുന്ന അതുപോലെ ബലിം ഉപാഹരന്ത വിഷയങ്ങളാകുന്ന വിഷയവിജ്ഞാനമാകുന്ന ബലികൾ രൂപാധിവിജ്ഞാനം എന്ന് പറഞ്ഞു പ്രപഞ്ചവിജ്ഞാനമാകുന്ന കാഴ്ചദ്രവ്യങ്ങളെ സമർപ്പിച്ചുകൊണ്ട് പ്രാണാഹ ദേവന്മാർ പ്രകാശിക്കുന്നവർ അതിനെ നിരന്തരം ഉപാസിച്ചു കൊണ്ടിരിക്കുകയാണ് വാസ്തവത്തിൽ ചക്ഷുരാദി ഇന്ദ്രിയങ്ങൾ നേരത്തെ പറഞ്ഞു വേതണ്ണ സ്വയംഭൂ ബഹിർമുഖമായി പരമാത്മാവനെ സൃഷ്ടിച്ചു അത് ബഹിർമുഖമായി പ്രവർത്തിക്കുന്നു അതുകൊണ്ട് സംസാരത്തിൽ പോകുന്നുവെന്ന് പറയുന്നു എങ്കിലും വാസ്തവത്തിൽ ചക്ഷുരാദികൾ എന്താണ് ചെയ്യുന്നത് ഈ കാഴ്ചവസ്തുക്കളെല്ലാം കൊണ്ടുവന്ന് സമർപ്പിച്ച് അതിനെ പ്രീതിപ്പെടുത്താനും ഭരിക്കാനും ശ്രമിക്കുകയാണ് തങ്ങൾ ചെയ്യുന്നത് ഇതിന് ദോഷം വരുന്നതാണെന്ന് അവയ്ക്ക് അറിയുന്നില്ലെന്നേ ഉള്ളു അപ്പോൾ വാസ്തവത്തിൽ ഇത് വാസ്തവത്തിൽ ഈ പരമാത്മാവിനെ പ്രീതിപ്പെടുത്താൻ സന്തോഷിപ്പിക്കാൻ അതിനാരാധിക്കുകയാണ് ഭരിക്കുകയാണ് അല്ല ഭരിക്കുന്നതിന് വേണ്ടി അവയ്ക്ക് വിവേകമില്ലാത്തതുകൊണ്ട് അവ എന്തു ചെയ്യുന്നു അതിന് സമർപ്പിക്കുന്നത് വിഷയവിജ്ഞാനമാണ് അപ്പോൾ ആ സംസാരത്തിലേക്ക് അതിനെ ആ അറിവിനെ ജീവനെ അത് തള്ളിവിടുന്നു എന്നുള്ള കാര്യം അവരറിയുന്നില്ലെന്നേ ഉള്ളൂ വാസ്തവത്തിലുള്ളവർ നല്ലതാണെന്ന് വിചാരിച്ചാണ് ചെയ്യുന്നത് അതാണ് ബലിം ഉപാഹരന്ത കാഴ്ചവസ്തുക്കളെല്ലാം കൊണ്ടുവന്ന് സമർപ്പിച്ച് അതിനെ തൃപ്തിപ്പെടുത്തി സന്തോഷിപ്പിക്കാൻ വേണ്ടി നിരന്തരം ശ്രമിക്കുകയാണ് വിശൈവ രാജാനം വൈശ്യന്മാർ രാജാവിനെ ഉപാസിക്കുന്നു അവരുടെ സമ്പത്തും ധനുമെല്ലാം സമർപ്പിച്ച അതുപോലെ ഇന്ന് സർവേ ദേവാഹ സർവ്വദേവന്മാരും വാസ്തവത്തിൽ അതാണ് ചെയ്യുന്നത് എന്നാണ് വിവേകമില്ല നമ്മൾ ചെയ്യുന്നത് വാസ്തവത്തിൽ ഈ ജീവന് ദോഷമാണ് ഇതിന്റെ ആ സ്വരൂപപ്രഭയെ നശിപ്പിക്കുന്നതാണ് അല്ലെങ്കിൽ അതിന് മംഗലേൽപ്പിക്കുന്നതാണെന്ന് നമുക്ക് ചിന്തിക്കാൻ കഴിയുന്നില്ല ആ അറിവിനെ ബഹിർമുഖമാക്കി കളയുന്നു പക്ഷെ നല്ലതെന്ന് കരുതിയാണ് അവർ ചെയ്യുന്നത് അവരുപാസിക്കുകയാണ് വാസ്തവം ഉപാസിക്കുന്നത് തീർച്ചയായും നല്ലതാണെന്ന് കരുതാണ് ദോഷപ്പെടുത്താൻ വേണ്ടി ഒന്നും ചെയ്യുന്നില്ല അതിനാണ് മായ എന്ന് പറയുന്നത് നല്ലതാണ് എന്ന് കരുതി ചീത്ത ചെയ്യുന്നു അത് സംഭവിച്ചുകൊണ്ടിരിക്കുന്നു അറിവിന് ഇങ്ങനെയുള്ള ഒരു വികൃതി സംഭവിച്ചുകൊണ്ടിരിക്കുന്നു അതിനാണ് സംസാരം അതിനു പറയുന്നു വിശ്വേ സർവേ ചക്ഷുരാഹ പ്രാണാഹ ചുരാണന്മാർ രൂപാതി വിജ്ഞാനം രൂപാധിവിജ്ഞാനമാകുന്ന ബലിം ഉപാഹരന്ത ബലിയെ സമർപ്പിച്ചുകൊണ്ട് ഉപാഹാരങ്ങൾ സമർപ്പിച്ചുകൊണ്ട് വിശ ഇവ രാജാനം വൈശ്യന്മാർ രാജാവിനെ ഉപാസിക്കുന്നതുപോലെ ഉപാസദേ എങ്ങനെ താതർഥ്യേന അനുപരത വ്യാപാര ഭഗവന്തി പറയുന്നു നിരന്തരം അവർ ഭജിക്കുകയാണ് എങ്ങനെയാണോ ഭക്തൻ ഭഗവാനെ നിരന്തരം ഭജിക്കുന്നതുപോലെ ഈ ഇന്ദ്രിയങ്ങൾ അവരുടെ സ്വാമിയായിരിക്കുന്ന അവരുടെ ഈശ്വരനായിരിക്കുന്ന ഈ ജീവന് അനുപരത വിശ്രമമില്ലാത്ത പ്രവൃത്തി കൊണ്ട് ഭജിച്ചുകൊണ്ടിരിക്കുകയാണ് താതർഥ്യേന എല്ലാം ആ ഭഗവാൻ വേണ്ടിയാണ് ഇന്ദ്രിയങ്ങൾ അവയ്ക്ക് വേണ്ടി ഒന്നും ചെയ്യുന്നു ഇന്ദ്രിയങ്ങൾ മണക്കുകയും രുചിക്കുകയും സ്പർശിക്കുകയും ശ്രവിക്കുകയും എല്ലാം ചെയ്യുന്നത് അതിനുവേണ്ടിയിട്ടില്ല അത് വെറും കരണങ്ങളായി നിന്നുകൊണ്ട് ആ കരണസ്വാമിയായിരിക്കും അധിഷ്ഠാതാവായിരിക്കും ആ ജീവന് വേണ്ടിയാണ് താതർഥ്യൻ അതിനുവേണ്ടിയാണ് അനവരതം പ്രവർത്തിച്ചു കൊണ്ടിരിക്കുന്നത് പക്ഷെ ആ പ്രവർത്തനത്തിന്റെ ദിശ മാറിപ്പോകുന്നു ഇത്യർത്ഥം അതാണ് ഇതിന്റെ താല്പര്യം എന്നാണ് അപ്പോ ഈ അറിവ് തന്നെ അറിവിന്റെ സാന്നിധ്യത്തിൽ ഈ ഇന്ദ്രിയങ്ങൾ നിരന്തരം പ്രവർത്തിക്കുന്നു അനുപരിത വ്യാപാരം ഒരു നിമിഷം പോലും മിശ്രമില്ലാതെ പ്രവർത്തിച്ചു കൊണ്ടിരിക്കുന്നു എന്നാൽ അറിവ് സാന്നിധ്യത്തിലെ ഇന്ദ്രിയങ്ങൾക്ക് പ്രവർത്തിക്കാൻ കഴിയുന്നുള്ളൂ സ്വയമാക്കി പ്രവർത്തിക്കാൻ കഴിയുന്നില്ല ജടങ്ങളാണ് അറിവിന്റെ സാന്നിധ്യത്തിൽ ഈ ഇന്ദ്രിയങ്ങൾ നിരന്തരം ആ അറിവിന് വേണ്ടി പ്രവർത്തിക്കുന്നു എന്നാണ് ഇവിടെ പറയുന്നത് എന്ന് പറഞ്ഞാൽ എന്താണ് അതിന്റെ താല്പര്യം ഈ അറിവ് എല്ലാ തരത്തിലും ആ അറിവിന് വന്ന് സംഭവിച്ച ഈ അറിവില്ലായ്മയിൽ നിന്നും മോചിതനാകാൻ ശ്രമിച്ചുകൊണ്ടിരിക്കുകയാണ് അതിനുള്ള ഉപകരണങ്ങളായിട്ട് ഈ ഇന്ദ്രിയങ്ങളെല്ലാം ഉപയോഗിക്കുകയാണ് അറിവ് അതിന്റെ സ്വാതന്ത്ര്യത്തിന് വേണ്ടിയിട്ടുള്ള നിരന്തരമായ ശ്രമം ആശ്രമം അതാണിതിന്റെ എല്ലാ വ്യാപാരങ്ങളും പ്രാണാപാന വ്യാപാരങ്ങളും ഇന്ദ്രിയങ്ങളുടെ ബഹുർമുഖമായ പ്രവർത്തനങ്ങളും എല്ലാം പക്ഷെ ആ അതിന്റെ സഹജമായ ആ പ്രവർത്തനം എന്ന് പറയുന്നത് അതിന്റെ ദിശ മാറിയുള്ള പ്രവർത്തനമാണ് മോക്ഷത്തിലേക്കുള്ള പ്രവർത്തനം എന്ന് കരുതി ബന്ധനത്തിലേക്ക് പ്രവർത്തിച്ചുകൊണ്ടിരിക്കുന്നു എന്നേ ഉള്ളൂ നിരന്തരം ആരും മോക്ഷത്തിന് വേണ്ടി പ്രത്യേകിച്ച് പരിശ്രമിക്കേണ്ട സഹജമായി അറിവ് തന്നെ ഒരാൾ വീണ് കഴിഞ്ഞാൽ ആ വീണടത്ത് നിന്ന് എഴുന്നേക്കാൻ ശ്രമിക്കുന്നവർ അറിവ് സ്വയം മോക്ഷത്തിന് വേണ്ടി പ്രവർത്തിച്ചുകൊണ്ടിരിക്കുകയാണ് അത് ഒറ്റയ്ക്കല്ല പ്രവർത്തിക്കുന്നത് അതിന്റെ തന്നെ സൃഷ്ടിയായ ബാക്കിയുള്ള കാരണങ്ങളും പ്രാണന്മാരെ എല്ലാം ഉപയോഗിച്ച് നിരന്തരം അത് പ്രവർത്തിച്ചുകൊണ്ടിരിക്കുകയാണ് ഈ ബന്ധനത്തിനൊന്നും മോചനം നേടാൻ അപ്പൊ അറിവ് ആ ബന്ധനത്തിൽ നിന്നും മോചനം നേടാൻ വേണ്ടിയിട്ടുള്ള അറിവിന്റെ പ്രവൃത്തി അതിനാണ് വാസ്തവത്തിൽ സംസാരം എന്ന് നമ്മൾ വിളിക്കുന്നത് ജനനം ജീവിതം മരണമെന്ന് നമ്മൾ സംസാരമെന്ന് പറയുന്നത് എന്താണ് അതിന്റെ മോചനത്തിന് വേണ്ടിയിട്ടുള്ള അറിവിന്റെ പ്രവർത്തനമാണ് എന്നിട്ട് എന്തുകൊണ്ട് മോചിക്കുന്നില്ല കാരണം അവിടെ വിവേകമില്ല എന്താണ് ബന്ധം എന്താണ് മോചനം എന്ന് തിരിച്ചറിയാൻ കഴിയുന്നില്ല അവിടെയാണ് മറ മായ വന്നിരിക്കുന്നത് അപ്പൊ അറിവിന്റെ നിജപ്രവൃത്തി അത് മോക്ഷത്തിന് വേണ്ടിയിട്ടുള്ള പ്രവൃത്തിയാണ് അറിവിന്റെ സംസരണം എന്ന് പറയുന്നത് പക്ഷെ അതിന് സംസാരമെന്ന് പറയുന്നു കാരണം ബന്ധനത്തിലേക്കുള്ള ബന്ധന രൂപത്തിലുള്ള ഒരു യാത്രയാണ് സ്വരൂപ സഞ്ചാരം സ്വരൂപത്തിലേക്കുള്ള ഒരു സഞ്ചാരമല്ല അത് വേണ്ടിയിട്ടാണ് ശ്രുതി അറിവിനെ സഹായിക്കുന്നത് ആത്മബോധത്തെ വളർത്തി കൊടുത്ത് ആ അറിവില്ലായ്മയെ നശിക്കുമ്പോ അപ്പോഴാണ് ഇന്ദ്രിയങ്ങൾക്കെല്ലാം വിവേകമുണ്ടാകുന്നത് തിരിച്ചറിയുണ്ടാകുന്നത് അപ്പൊ അത് അർപ്പിച്ചുകൊണ്ടിരിക്കുന്ന ബലികൾ ഇവിടെ പറഞ്ഞല്ലോ രൂപാതി വിജ്ഞാനം ഈ രൂപാതി വിജ്ഞാനമാകുന്ന ബലികളെ സമർപ്പിച്ച് ഉള്ള ഉപാസന അറിവിന്റെ ഉപാസന ഇതതിന്റെ അബദ്ധ സഞ്ചാരമാണെന്ന് തിരിച്ചറിയുന്നത് ശ്രുതിയിലൂടെയാണ് ശ്രുതി അതിനെ ബോധിപ്പിക്കുമ്പോഴാണ് ഇതല്ല ശരിയായ മാർഗം എന്ന് ബോധിപ്പിക്കുമ്പോഴാണ് അതാണ് ശ്രുതിയുടെ അപൂർവത എന്ന് പറയുന്നത് അങ്ങനെ ബോധിപ്പിക്കുന്നതിനുള്ള അപൂർവമായ ശക്തി ഉള്ള മന്ത്രങ്ങൾ നമ്മൾ ശ്രുതി എന്ന് പറയുന്നത് അതിനാ അപൂർവ ശക്തി വിശേഷത എങ്ങനെ ശ്രദ്ധിച്ചതാണ് അത് നിന്ന് പുറപ്പെട്ടതുകൊണ്ടാണ് അറിവിൽ നിന്നാണ് അതിന്റെ ഉത്പത്തി അതുകൊണ്ടാണ് അത് ഈശ്വരൻ നിശ്വാസം എന്നതിനാ പറയുന്നത് അതാണ് ഉപനിശ്രവണത്തിന്റെ പ്രത്യേകത അതാണ് യഥാർത്ഥ യുക്തവ്യാകർ ഇതിനുവേണ്ടിയാണ് എന്നൈ ഏതന്തിനു വേണ്ടിയിട്ടാണ് ഈ പ്രാണപനാദി ഇവരുടെ ഇന്ദ്രിയങ്ങളുടെ എല്ലാം പ്രവർത്തനങ്ങളെല്ലാം ഏതൊന്നിനു വേണ്ടിയിട്ടാണ് ഈ അറിവിന് വേണ്ടിയിട്ടാണ് ഈ അറിവിന്റെ ഉപാസനയാണെല്ലാം യത് പ്രയുക്താഹ ഏതൊന്ന് പ്രേരിപ്പിച്ചിട്ടാണ് ഇതെല്ലാം പ്രവർത്തിപ്പിക്കുന്നു ഏതൊന്നിനു വേണ്ടിയിട്ടാണ് ആ അറിവ് പ്രേരിപ്പിച്ച് അറിവിനുവേണ്ടി പ്രവർത്തിക്കുന്നു സർവ അറിവിന്റെ സ്വാതന്ത്ര്യത്തിന് വേണ്ടി പ്രവർത്തിക്കുക അതിനെ അതിന്റെ അജ്ഞാനത്തിൽ നിന്നും മോചിപ്പിക്കുന്നതിന് വേണ്ടി പ്രവർത്തിക്കുകയാണ് സർവേ വായു കരണം വ്യാപാര അതുകൊണ്ടാണ് പറയുന്നത് അറിഞ്ഞോ അറിയാതെ സർവ ജീവന്മാരും മോക്ഷത്തിലേക്ക് സഞ്ചരിച്ചുകൊണ്ടിരിക്കുന്നു എന്ന് പറയുന്നുണ്ട് അങ്ങനെ പറയാറുണ്ട് ആചാര്യന്മാർ ബോധപൂർവമായി ചിലർ ശ്രമിക്കുന്നവന് വേണ്ടി ചിലർ അബോധപൂർവ്വ സഹജമായി രണ്ടും തമ്മിലുള്ള വ്യത്യാസം ഈ സഹജമായിട്ടുള്ള പ്രവർത്തനം ഒരിക്കലും അവനെ മോക്ഷത്തിലേക്ക് എത്തിക്കുന്നില്ല ബോധപൂർവമായി പ്രവർത്തിക്കാത്തടത്തോളം കാലം സഹജമായ പ്രവർത്തനം ഏതെങ്കിലും സമയത്ത് അവന് ബോധപൂർവമായ പ്രവർത്തനത്തിലേക്ക് കൊണ്ട് എത്തിക്കാം അങ്ങനെ എത്തിക്കുമ്പോൾ അവൻ ലക്ഷ്യത്തിലെത്തിച്ചേരും സഹജമായ പ്രവർത്തനം എന്തുകൊണ്ടാണ് വിവേകമില്ലാത്ത പ്രവർത്തനമാണ് എങ്ങനെ ഇന്ദ്രിയങ്ങൾ കരണങ്ങൾ ആ അറിവിന്റെ സാന്നിധ്യത്തിൽ പ്രവർത്തിച്ച് വിഷയ രൂപാതി വിജ്ഞാനമാകുന്ന ബലി അതിനർപ്പിച്ചുകൊണ്ടിരിക്കുകയാണ് ആ ബലിയുടെ അർപ്പണം നടക്കുന്നിടത്തോളം കാലം അവന് മോചനമില്ല പക്ഷെ പ്രവർത്തനം നടന്നുകൊണ്ടിരിക്കും കെട്ടിയിട്ട് വഞ്ചി തുഴയുന്നതുപോലെയാണ് എത്ര പ്രവർത്തിച്ചാലും വഞ്ചി കടവിൽ തന്നെ കാണും അത് സംഭവിച്ചുകൊണ്ടിരിക്കും അതുകൊണ്ട് സർവരും അതിനുവേണ്ടിയാണ് ശ്രമിക്കുന്നതെങ്കിലും ബോധപൂർവമായ പ്രവർത്തനം കൂടാതെ മോചന സാധ്യമല്ല ബോധപൂർവമായ പ്രവർത്തനം എന്ന് പറഞ്ഞാൽ മോക്ഷം വേണമെന്ന് അറിഞ്ഞുകൊണ്ട് എന്തെങ്കിലും പ്രവർത്തിച്ചാൽ പോരാ ബോധം വിവേകം ആത്മാഅനാത്മവിവേകപൂർവകമായ പ്രവർത്തനം കഴിഞ്ഞ മന്ത്രത്തിന്റെ ഭാഷയത്തിനോട് ചർച്ച ചെയ്തു ആ വിജ്ഞാന സാക്ഷാത്കാരം വരെ ഏകത്വ ഭാവനയോടുകൂടി പ്രവർത്തിക്കണമെന്ന് പറഞ്ഞു അതാണ് ബോധപൂർവമായ പ്രവർത്തനം വിവേകപൂർവകമായ പ്രവർത്തനം അങ്ങനെ ഒരു പ്രവർത്തനം കൊണ്ട് മാത്രമേ അവന് മോചനം സാധ്യമാകൂ പല സഹജമായ പ്രവർത്തനം എന്ന് പറയുന്നത് മുന്നോട്ട് നയിക്കത്തില്ല പക്ഷെ പ്രവർത്തനം നടന്നുകൊണ്ടിരിക്കുക അതാണ് യത് പ്രയുക്താഹ യഥർത്ഥ ഏതൊന്ന് പ്രേരിപ്പിച്ചിട്ടാണോ ഏതിനുവേണ്ടിയാണോ സർവേ വായു കരണം വ്യാപാര ഈ പ്രാണാപാനാദികളും ഇന്ദ്രിയങ്ങളും എല്ലാം പ്രവർത്തിച്ചു കൊണ്ടിരിക്കുന്നത് അവൻ സുഅന്യ സിദ്ധ അവൻ ഇതിൽ നിന്നെല്ലാം ഉപരിയാണ് അന്യനാണ് ഈ സംസാരാതീതനായ പ്രപഞ്ചാതീതനായ ആത്മാവാണ് എന്നിവിടെ സിദ്ധമാകുന്നു ഇതാണ് ശ്രുതിയുടെ താല്പര്യം വാക്യാർത്ഥ ഇത് വാക്യാർത്ഥ ഇതാണ് ശ്രുതിയുടെ താല്പര്യം അതുകൊണ്ട് ഹൃദയത്തിൽ പ്രകാശിക്കുന്നു എന്ന് ആവർത്തിച്ച് കേട്ടതുകൊണ്ടായില്ല അത് ശ്രുതിയിലൂടെ തന്നെ കേൾക്കണം ശ്രുതി തന്നെ അത് ബോധിപ്പിക്കുന്നു ഹൃദയത്തിൽ പ്രകാശിക്കുന്നു എന്ന് കേൾക്കുമ്പോൾ ആ പ്രകാശത്തിന് തടസ്സമായിരിക്കുന്ന അങ്ങനെ പ്രകാശിക്കുന്നതിന് അല്ലെങ്കിൽ പ്രകാശ അനുഭവത്തിന് ആ പ്രകാശ സാക്ഷാത്കാരത്തിന് തടസ്സമായിരിക്കുന്ന അറിവില്ലായ്മയെ നീക്കുന്നതിന് ആ ശ്രുതിക്കേ ശേഷിയുള്ളൂ അതുകൊണ്ടാണ് ശ്രുതിവാക്യം ഗുരു ഉപദേശിക്കുന്നതും അതാണ് അതാണ് ഇതിന്റെ ശ്രവണത്തിന്റെ പ്രത്യേകത അത് ഗൌരവമുള്ള ഒരു വിഷയമായി തന്നെ നമ്മൾ മനസ്സിലാകണം അല്പം നമ്മുടെ മാനസിക ഉല്ലാസത്തിന് വേണ്ടി ചെയ്യുന്ന ചെറിയൊരു വ്യാപാരമാണ് എന്ന് നമ്മൾ ധരിക്കാൻ പാടില്ല അതാണ് ആത്യന്തികമായി അത് അജ്ഞാനനാശത്തിന് തന്നെ ഉപകരിക്കണം മൂന്നാമത്തെ മന്ത്രം ഊർധം പ്രാണം ഉന്നയതി അപാനം പ്രത്യകസ്യതി മനമാസീനം ആ മന്ത്രത്തിൽ നമ്മുടെ ഭാഷത്തിൽ പറഞ്ഞിരിക്കുന്നതനുസരിച്ച് യഹ എന്ന് കൂട്ടിച്ചേർന്നു യഹ ഏതൊരുവനാണോ പ്രാണം ഊർധ്വം ഉന്നയതി പ്രാണനെ മുകളിലേക്ക് ചലിപ്പിക്കുന്നത് അപാനം പ്രത്യതി അപാനനെ താഴേക്ക് പ്രവർത്തിപ്പിക്കുന്നത് മധ്യേ വാമനം ആസീതം ഹൃദയത്തിൽ ആരാധ്യനായി സ്ഥിതി ചെയ്യുന്നവൻ വാമനം സംഭജനീയം സർവരും ആരാധിക്കേണ്ടവനായി ഹൃദയത്തെ സ്ഥിതി ചെയ്യുന്നത് അവനെ വിശ്വ ദേവ ഉപാസത സർവദേവന്മാരും ഉപാസിക്കുന്നു എന്നാണ് അതായത് ജീവന്മാർ ദേവന്മാരെ ഉപാസിക്കാൻ ശ്രമിക്കുന്നു നമ്മൾ ദേവന്മാരുപാസിക്കുന്നു മോക്ഷത്തിനു വേണ്ടി മോചനത്തിന് വേണ്ടി ഉപാസിക്കുന്നു പക്ഷെ ആ ദേവന്മാരെല്ലാം ആരുപാസിക്കുന്നു ആ ജീവൻ ഉപാസിക്കുന്നു അതാണ് വാസ്തവത്തിൽ സംഭവിക്കുന്നത് ദേവന്മാരെന്ന് പറയുമ്പോൾ ആ ഇന്ദ്രിയങ്ങള് തന്നെ ജീവൻ ഇന്ദ്രിയങ്ങളെ തൃപ്തിപ്പെടുത്താൻ ശ്രമിക്കുന്നു Entitled, was, that െ സന്തോഷിപ്പിക്കാൻ ശ്രമിക്കുന്നു ആ ഇന്ദ്രിയങ്ങളെല്ലാം ആ ജീവന ഉപാസിച്ച് ശ്രമിക്കുന്നു ഇതാണ് സംഭവിക്കുന്നത് ഇതാണ് സംസാരം എന്ന് പറയുന്നത് സംസാരത്തെ സൃഷ്ടിച്ചു ബാഹ്യമായി സംഭവിക്കുന്നത് അതുതന്നെ ജീവന്മാർ ആ ജീവന്റെ സൃഷ്ടികളായ ദേവന്മാരെ ഉപാസിക്കുന്നു പല നാമത്തിലും രൂപത്തിലും ബാഹ്യമായ ഉപാസന അവയ്ക്ക് വേണ്ടി അർപ്പിക്കുന്നു ബലികൾ അർപ്പിക്കുന്നു ആ ദേവന്മാരോ അവർക്കും മോചനം ആവശ്യമാണതുകൊണ്ട് അവരും എന്ത് ചെയ്യുന്നു ഭജിക്കുന്നു അവർക്ക് പിന്നെ ഭജിക്കാൻ ആരുമില്ല മറ്റൊരു ദേവൻ ഇല്ല അതുകൊണ്ട് അവരെന്ത് ചെയ്യുന്നു ആ ജീവനെ തന്നെ ഭജിക്കുന്നു ആ ഹൃദയദേശത്തിൽ സ്ഥിതി ചെയ്യുന്ന പരമാത്മാവിനെ തന്നെ ഭജിക്കുന്നു അതും ഈ മന്ത്രത്തിന്റെ അസ വിസ്രംസമാനസരീരസ്ഥേനാഹാ വിമുച്യമാനത്ര പരിശിഷ്യത്തെ ഏത ഭാഷ്യമാസ ശരീരസ്ഥ ആത്മന വിസ്രംസമാനസ് അവസ്രംസമാനസ് ഭ്രംശമാനസ് ദേഹിനേഹവത ഒരു മന്ത്രത്തിൽ നിന്നും വേറൊരു മന്ത്രത്തിലേക്ക് കടക്കുമ്പോൾ നമുക്ക് പലപ്പോഴും പുതുമയൊന്നും തോന്നത്തില്ല കാരണം കഴിഞ്ഞ മന്ത്രത്തിൽ പറഞ്ഞ കാര്യം തന്നെയാണ് അടുത്ത മന്ത്രത്തിലും പറയുന്നു എന്ന് നമുക്ക് തോന്നും ഒരേ കാര്യം ആവർത്തിക്കുന്നു എന്ന് തോന്നും ഒരു കണക്കിനത് ശരിയാണ് ഒരേ കാര്യം തന്നെയാണ് ആവർത്തിക്കുന്നത് പക്ഷേ അതിൽ പുതുമയുണ്ട് താൻ അതായത് ഈ ഉപനിഷത്ത് ശ്രവണം എന്ന് പറയുന്നത് അതനുഷ്ഠിക്കുകയാണെങ്കിൽ ഓരോ മന്ത്രത്തിനും നമുക്ക് പൊതു അനുഭവപ്പെടും അല്ലെങ്കിൽ അനുഭവപ്പെടത്തില്ല മുമ്പ് കേട്ട കാര്യം തന്നെയാണ് രണ്ടാമത് വീണ്ടും കേൾക്കുന്നത് നേരത്തെ പറഞ്ഞു ആത്മാവ് വീണ്ടും പറയുന്നു ആത്മാവ് നേരത്തെ പറഞ്ഞു ആത്മാവും ജീവാത്മാവും പരമാത്മാവും ഒന്ന് തന്നെ രണ്ടാമത് വീണ്ടും അത് തന്നെ കേൾക്കുന്നു ജീവാത്മാനും പരമാത്മാവ് ഒന്ന് അത് സർവ്വവ്യാപകമാണ് അത് സർവാത്മാവാണ് ഇതിൽ രണ്ടാമത് ഒരു തവണ കേട്ട് രണ്ടാമത് കേൾക്കുമ്പോൾ നമുക്കൊരു പുതുമ തോന്നുന്നില്ലെങ്കിൽ അതിൻ്റെ അർത്ഥം നമ്മുടെ ശ്രവണം ശരിയായ വഴിക്കല്ല എന്നാണ് ശരിയായ രീതിയിൽ നമ്മൾ ഇതിനെ ധരിക്കുന്നില്ല എന്നാണ് ശരിയായ രീതിയിൽ ധരിക്കുകയാണെങ്കിൽ നമുക്കതൊരു പുതുമ അനുഭവപ്പെടും ആ പുതുമ എന്താണ് അതായത് റിവിന്റെ പ്രകാശം അറിവിന്റെ കൂടുതൽ തെളിമ അത് നമുക്ക് അനുഭവപ്പെടും അതാണ് രണ്ടാമത് ഒരിക്കൽ കൂടി ഒരേ കാര്യം കേൾക്കുന്നതിന്റെ പ്രത്യേകത നമ്മൾ അറിഞ്ഞിരുന്ന കാര്യം ഒന്നുകൂടി പ്രകാശിക്കുക ഒന്നുകൂടി വ്യക്തമാകും മറ്റൊരു തരത്തിൽ പറഞ്ഞാൽ നമ്മളുടെ നമ്മുടെ അറിവിനെ വലയും അജ്ഞാനാവരണം അതിന്റെ കട്ടി ഒന്നുകൂടി കുറയുക അതാണ് അതിന്റെ പുതുമ എന്ന് പറയുന്നത് അത് കാലം നമ്മളിതിനെ അന്തർമുഖമായി വേണ്ടത്ര നമുക്ക് ഗ്രഹിക്കാൻ കഴിയുന്നില്ല എന്ന് ധരിച്ചോണ്ടാവണം അതീ ചെയ്യുന്ന പ്രവൃത്തി വരിക്കുന്ന നിഷ്പ്രയോജനം ആണെന്ന് ധരിച്ചു കളയുന്നത് ആവർത്തനം വിരസതയുണ്ടാക്കുമെങ്കിൽ അതിന്റെ അർത്ഥം ശരിയായ രീതിയിൽ ആവർത്തനം നമ്മൾ നടക്കുന്നില്ലെന്നാണ് നമ്മൾ തുടങ്ങിയെടുത്ത് തന്നെ നിൽക്കുന്നു നമ്മൾ ആവർത്തിച്ചിട്ടില്ല മുമ്പോട്ട് പോയിട്ടില്ല അപ്പൊ ശ്രവണം ശരിയായ ദിശയിൽ നടന്നുകൊണ്ടിരിക്കുകയാണെങ്കിൽ ഓരോ ശ്രുതിയെ ശ്രവിക്കുമ്പോഴും ഓരോ ശ്രുതി മന്ത്രത്തെ ശ്രവിക്കുമ്പോഴും നമ്മുടെ ഉള്ളിൽ ഈ പറയുന്ന അറിവിന്റെ പ്രകാശം കൂടുതൽ കൂടുതൽ പ്രകടമായി തന്നെ വന്നുകൊണ്ടിരിക്കും നമ്മുടെ ഉള്ളിൽ നിന്നും അല്പാൽപമായി നീങ്ങിക്കൊണ്ടിരിക്കും അതാണ് ഇത് ശരിയായി നടക്കുന്നുണ്ടോ എന്നുള്ളത് അല്ല എന്നുണ്ടെങ്കിൽ നമുക്ക് ഇത് ഉറങ്ങുന്നതിനെ ഉപകരിക്കത്തുള്ളൂ അത് ദോഷമൊന്നും ഞാൻ പറയുന്നില്ല കാരണം ഉറക്കം കുറയുമ്പോഴാണ് ആശ്രമത്തിലേക്ക് സാധാരണ കിടക്കുന്നത് അപ്പൊ ആശ്രമത്തിൽ വന്നു കഴിയുമ്പോ കുറച്ച് ഉറക്കം കൂടുതൽ കിട്ടുന്നുണ്ടെങ്കിൽ അത് നല്ലതാണ് അതുകൊണ്ട് ദോഷമൊന്നും പിന്നെ അങ്ങനെ ഉറങ്ങുമ്പോൾ ഇത് ആരെങ്കിലും കാണുന്നുണ്ടോ കണ്ടുകഴിഞ്ഞാൽ ഞാൻ താമസനാണെന്ന് കരുതും എന്നുള്ള സങ്കോചമൊന്നും കൂടാതെ ധൈര്യമായിട്ടങ്ങ് ഉറങ്ങും ഇടയ്ക്കിടയ്ക്ക് ഞെട്ടി ഉണരരുത് എന്നാൽ പിന്നെ ഉറക്കത്തിന്റെ സുഖം നഷ്ടപ്പെടും എന്ത് ചെയ്താലും ആത്മാർത്ഥമായി ചെയ്യും ഉറങ്ങിക്കൊണ്ട് ഉപനിഷത്ത് കേട്ടുകൊണ്ടിരിക്കുമ്പോൾ ഇങ്ങനെ ഉറക്കം വരുമ്പോൾ പെട്ടെന്ന് മനസ്സിൽ ഇത് ആരെങ്കിലും കാണുന്നുണ്ടോ ഉറക്കമെന്ന് പറയുന്നത് തമോ ഗുണത്തിന്റെ കാര്യമാണ് നമ്മൾ പഠിച്ചിട്ടുണ്ട് നമ്മൾ ഉറങ്ങിയാൽ നമ്മളെ താമസിക്കാനായി മറ്റുള്ളവർ വിലയിരുത്തുകളെ അത് നമുക്കത് ക്ഷീണം ഉണ്ടാക്കുന്ന കാര്യം കൊണ്ട് ഇത് ആരും കാണരുതെന്ന് വിചാരിക വരുമ്പോൾ പെട്ടെന്ന് ഉണരും വീണ്ടും ഉറങ്ങുന്നത് ഉറക്കം നമ്മുടെ അനുവാദം ചോദിക്കാറില്ല അതുകൊണ്ട് വീണ്ടും ഉറക്കത്തിലേക്ക് പോകും ഉണരും അപ്പോൾ തല അങ്ങോട്ടും ഇങ്ങോട്ടും അടിക്കും അത് ഒഴിവാക്കി സ്വസ്ഥമായിട്ട് ശാന്തമായിട്ട് ഉറങ്ങുക അത്രയും ഒരു ഗുണം ഇത് ചെയ്യുന്നുണ്ടെങ്കിൽ ഇത് മോശമായൊരു കാര്യമല്ല അല്ലെങ്കിൽ നമുക്ക് മാനസം ഇത്ര വടകം ആശ്രയിക്കേണ്ടി വരും ഇതൊന്നും ഉറങ്ങാൻ കഴിയുമെങ്കിൽ ഇത് നല്ലതാണ് പക്ഷേ ഇനി അതിനപ്പുറം പോകണമെന്ന് ആഗ്രഹമുണ്ടെങ്കിൽ നമ്മുടെ ശ്രവണം ശരിയാകണം ഇത് നമ്മുടെ ഉളിപ്പ് അതിയണം ഒരു പ്രസവം വായിച്ചു പോകുന്നത് പോലെയല്ല ഒരു മതപ്രഭാഷണം കേൾക്കുന്നതുപോലെയല്ല ഉപനിഷ്രവിക്കുന്നത് അത് അന്തർമുഖമായി തന്നെ ആത്മനിഷ്ഠമായി തന്നെ ഇതിന്റെ ആശയം നമ്മുടെ ഉള്ളിൽ പ്രകാശിക്കും അങ്ങനെ വന്നുകഴിഞ്ഞാൽ ഇത് ആവർത്തിച്ച് ആവർത്തിച്ച് കേൾക്കുന്നത് നമുക്കൊരു മുതൽക്കൂട്ടായിട്ട് തന്നെ തോന്നും ഒരു നഷ്ടമായി തോന്നും അതിന് നമുക്കൊരു പുതുമ തന്നെ അനുഭവപ്പെടും അവിടെ മനസ് തമസിലേക്ക് പോകത്തില്ല മനസ്സ് പ്രദക്ഷിണമാത് ഉമേഷവത്തായി തന്നെയിരിക്കും അതാണ് അതിന്റെ പ്രത്യേകത അസ്യസ്ഥ ആത്മന വിസ്രംസമാന അസ്രംസമാന ഭ്രംശമാനഹിനേഹവത വിസ്രംസന ശബ്ദാർത്ഥമാഹ ഭാഷ്യത്തി പറയുന്നു ദേഹാദ് വിമുച്യമാനത്ര പരിശിഷ്യത്തി ശരീരസ്ഥനഹ ഈ ആത്മാവ് ശരീരത്തിൽ സ്ഥിതി ചെയ്യുകയാണ് ശരീര സ്ഥിതി ചെയ്യുന്നവനായിട്ടാണ് നമ്മൾ അറിഞ്ഞുകൊണ്ടിരിക്കുന്നത് അതുകൊണ്ടാണ് ആത്മാവിന് നമ്മൾ കണ്ണടച്ചിട്ട് ഉള്ളിൽ ധ്യാനിക്കാൻ ശ്രമിക്കുന്നത് കാരണം ശരീരത്തിൽ നമ്മുടെ ധാരണ മനസ്സിന്റെ ധാരണ നമ്മുടെ ഉള്ളിൽ ആത്മാവ് ഉണ്ടെന്നാണ് പ്രത്യേകിച്ച് അതിന് ഉള്ളെന്നോ പുറമെന്നോ ഇല്ല പക്ഷെ ശരീരവുമായിട്ട് തന്നെ ഒരു ബന്ധം ഒരു ദൃഢമായ ബന്ധം അത് സ്ഥാപിച്ചിരിക്കുന്നതുകൊണ്ട് നമ്മളതിനെ ഉള്ളിൽ ധ്യാനിക്കുന്നു അത് വിശ്രംസ മനസ്യം മരണം എന്ന് പറയുമ്പോൾ നമ്മൾ ധരിക്കുന്ന എന്താണ് ഈ ശരീരം വിട്ടിട്ട് ഈ ശരീരത്തിന്റെ ഉള്ളിൽ ഇതുവരെ ഇരുന്ന ആത്മാവ് ശരീരത്തിന്റെ പുറത്തേക്ക് പുറത്തേക്ക് പോകുന്നു എന്നാണ് പുറത്തേക്ക് സഞ്ചരിക്കുന്നു എന്നാണ് നമ്മൾ ധരിക്കുന്നത് അങ്ങനെ വിശ്രംസ അവസ്രംസമാനസ്യ ഭ്രംശമാനസ്യ ഇതെന്നും ഭ്രംശിച്ചു പോകൂ എന്നർത്ഥം ശരീരത്തെ അത് വിട്ടുപോകൂ എന്നർത്ഥം വാസ്തുവത്തിൽ ആത്മാവ് ശരീരത്തെ വിടുന്ന എന്താ നമ്മുടെ ബോധത്തിന്റെ ഭ്രംശമാണ് അവിടെ സംഭവിക്കുന്നത് വാസ്തു ഈ ശരീരത്തിലുണ്ടായിരുന്ന ആത്മബോധം ഈ ശരീരത്തിൽ നഷ്ടപ്പെടും ശരീരബോധം നഷ്ടപ്പെടുന്നുണ്ട് പക്ഷെ ഈ ശരീരത്തിൽ ഉണ്ടായിരുന്ന ആത്മബോധം ഈ ശരീരത്തിൽ ഇല്ലാതാവും അതാണ് വാസ്തവത്തിൽ സംഭവിക്കുന്നത് ആർക്ക് ദേഹിനഹ ദേഹിക്ക് ദേഹവത അതുകൊണ്ടാണ് ദേഹി എന്ന് പറയുന്നത് ദേഹവാൻ പലയിടത്തും ഭഗവത്ഗീതനും പ്രത്യേകിച്ച് ആത്മാവ് എന്ന് തന്നെ പ്രയോഗിക്കുന്നത് ദേഹി എന്നാണ് ആത്മാവ് എന്ന് പറയുമ്പോൾ വാസ്തവ സ്വരൂപത്തെ നമ്മൾ ധരിക്കണം ധരിക്കണമെന്നാണ് വയ്പ ആത്മശബ്ദത്തിൻ്റെ സ്വരൂപം എന്നാണ് അർത്ഥം ആരുടെ സ്വരൂപം ശ്രവിക്കുന്നവന്റെ സ്വരൂപം അറിവിന്റെ സ്വരൂപം യഥാർത്ഥ സ്വരൂപം പക്ഷെ അത് നമുക്ക് ധരിക്കാൻ നമുക്ക് ധരിക്കുന്നില്ല ധരിക്കാൻ കഴിയില്ല എന്ന് പറയില്ല നമുക്ക് നമ്മൾ ധരിക്കുന്നില്ല ദേഹി എന്ന് പറഞ്ഞാൽ കുറച്ചുകൂടി സ്പഷ്ടമാണ് ദേഹത്തോടു കൂടി ഇവൻ ദേഹബുദ്ധിയുള്ളവൻ ശരീരത്തെ താനെന്ന് കരുതുന്നവൻ അതാണ് ദേഹി ദേഹമുള്ളവനെന്ന് വാക്യാർത്ഥം അതാണ് ദേഹിനഹ ഇത് തന്നെയാണ് ഗീതയിലും ആവർത്തിച്ചു ആവർത്തിച്ചു പറയുന്നത് ഈ ആത്മബോധം ഉള്ളിടത്തോളം കാലം ദേഹത്തിൽ താനെന്നുള്ള ബോധം ഉള്ളിടത്തോളം കാലം ഈ ആത്മ ദേഹവാനാണ് അങ്ങനെയുള്ള ദേഹവത അവനെന്ത് ചെയ്യുന്നു ഈ ശരീരത്തിൽ നിന്നും ഭ്രംശിച്ചു പോവും ഈ ശരീരത്തിലുള്ള ദേഹബോധം അവന് നഷ്ടപ്പെടുന്നു വിശ്രംസന ശബ്ദാർത്ഥമാഹാ അടുത്ത് വിശ്രംസ മാനസ്യം പറഞ്ഞു വിശ്രംസൻ പറയുന്നു ദേഹാദ് അദ്ദേഹത്തിൽ നിന്നുള്ള വിമോചനം അതാണ് ശരിക്കുള്ള അദ്ദേഹത്തിൽ നിന്നുള്ള ആ ജീവന്റെ വിമോചനം വിമോചനം എന്ന് പറയുന്നത് എന്താണ് ബന്ധനത്തിന് വിപരീതമായിട്ടുള്ളത് അതാണ് വിമോചനം ഈ അറിവിന്റെ ദേഹബന്ധനം എന്താണ് അറിവിന്റെ ദേഹബോധമാണ് ഞാൻ എന്നുള്ള ബോധം അതാണ് അപ്പൊ അതിന്റെ വിമോചനം എന്ന് പറയുന്നത് എന്താണ് ആ ബോധം നഷ്ടപ്പെടുക അത് തന്നെ മരണം മരിക്കുന്നവൻ എന്ന് പറഞ്ഞാൽ മരിച്ചു എന്ന് പറഞ്ഞാൽ അർത്ഥം പിന്നീട് അവൻ ഈ ശരീരത്തെ ഞാൻ എന്നറിയുന്നില്ല ഇത്രയേ ഉള്ളൂ മരണം മറ്റേതെങ്കിലും ശരീരത്തെ അറിയുമായിരിക്കും പക്ഷെ ഈ ശരീരത്തെ പിന്നെ അറിയാൻ പറ്റുന്നില്ല അതാണ് ഈ ശരീരത്തെ വിട്ടുപോകുന്നു എന്ന് പറയുന്നു ഭ്രംശിച്ചു പോകുന്നു എന്ന് പറയുന്നു വളരെ ദൃഢമായിരിക്കുകയാണ് ഈ ശരീരം ആ ബോധം വളരെ ദൃഢമായിരിക്കുന്ന ആ ബോധം ഈ ശരീരത്തെ നഷ്ടപ്പെടും ആ ബോധം ഈ ജന്മത്തിലുണ്ടായതല്ല അനന്ത ജന്മങ്ങളിലായി അനന്തശരീരങ്ങൾ ദൃഢപ്പെടുത്തിയതാണ് ആ സംസ്കാരം ഈ ശരീരത്തിലേക്ക് തുടർന്നു എന്നെയാണ് നഷ്ടപ്പെടുക പറഞ്ഞാൽ ആ സംസ്കാരം മറ്റൊരു ശരീരത്തിലേക്ക് ഉറപ്പിക്കുന്നു എന്നേ അതാണ് ജനനം എന്ന് പറയുന്നത് ിം അത്ര പരിശിഷ്യത പിന്നീട് ഈ ശരീരത്തിൽ പിന്നെ എന്ത് ശേഷിക്കും ഈ ദേഹബോധത്തെ മാത്രം ആശ്രയിച്ച് നനാക്കുന്ന ഈ പ്രാണാദി സമൂഹങ്ങളൊന്നും ന കിഞ്ചന ഒന്നും തന്നെ പരിശിക്ഷതി ശേഷിക്കുന്നുണ്ടെ ശേഷിക്കുന്നുണ്ടിഞ്ചന പരിശിഷ്യത പുരസ്വാമി ദ്രവൺ ദ്രവണേ ഇവ പുരവാസിനാൽ ഈ ദേഹേ ഈ ദേഹത്ത് പിന്നെ ഒന്നും ശേഷിക്കുന്നില്ല ആ ജീവനെ സംബന്ധിച്ചിടത്തോളം പിന്നെ ഈ ദേഹമേ ശേഷിക്കുന്നില്ല പക്ഷെ ഈ ദേഹത്തെ കാണുന്നവരെ സംബന്ധിച്ച് പറയുകയാണ് ദേഹത്തിലുള്ള ദേഹബോധം നഷ്ടപ്പെട്ടവനെ കുറിച്ച് ഈ കാണുന്നവൻ നോക്കുമ്പോ എന്താണ് അവിടെ ഒന്നും തന്നെ ശേഷിക്കുന്നില്ല അജീവനെ ആശ്രയിച്ചിരുന്ന പ്രാണന്മാരോ ഇന്ദ്രിയങ്ങളോ ഒന്നും തന്നെ ഇല്ല പുരസ്വാമി ദ്രഗപ്രധാനിയായ രാജാവിനെ ആശ്രയിച്ച് കഴിഞ്ഞ പൗരജനങ്ങൾ ആ രാജാവ് നഗരം വിട്ടു കഴിഞ്ഞാൽ ഉപേക്ഷിച്ചു കഴിഞ്ഞാൽ എല്ലാവരും കൂടെ പോകും നമ്മൾ പുരസ്വാമി ഇവ പുരവാസിനാ പുരവാസികളെല്ലാം പോകും ഈ ആത്മാവ് കാരണം ആ പുരസ്വാമിയായിരുന്ന രാ ആ രാജാവ് ആ പുരത്തിന്റെ സർവവുമായിരുന്നു ആ രാജാവിനെ ആശ്രയിച്ചാണ് സർവ്വരും കഴിഞ്ഞത് രാജാവ് പോയാൽ പിന്നെ അവിടെ കഴിഞ്ഞിട്ട് കാര്യമില്ല അതാണ് യശ്യാത്മനോ അഗമി അപഗമി ആത്മാവ് വിട്ടുപോകുമ്പോൾ ക്ഷണമാത്രാത് കാര്യകരണ കലാപരൂപം സർവം ഇതം ഹതബലം വിധ്വസ്തം ഭവതി ക്ഷണം മാത്രണകലാപരൂപം സർവമിതം ക്ഷണം കൊണ്ട് കാര്യകരണ കലാപരൂപം സർവമിതം കാര്യകരണ സമൂഹം കലാപം സമൂഹം മലയാളത്തിലെ കലാപമുണ്ട് കാര്യകരണകലാപങ്ങളെല്ലാം ഈ സമൂഹമെല്ലാം ഇതിന് ഈ ശരീരം ഉൾപ്പെടെ സർവ സർവമിതം ഹതബലം ബലം നഷ്ടപ്പെട്ടു വിധ്വംസ്ഥം വി നശിക്കുന്നു സർവം നശിച്ചു പോകുന്നു ഒരു ക്ഷണം കൊണ്ട് ഈ സമൂഹം മുഴുവൻ നശിക്കുന്ന ക്ഷണം അങ്ങനെയാണ് നമ്മൾ മരണം എന്ന് ഉറിക്കുന്നു വിനഷ്ടം ഭവതി അങ്ങനെ നശിക്കുന്നു ഇതാർക്ക് നഷ്ടപ്പെടുന്നു സഹ അന്യ സിദ്ധ അവൻ അന്യനാണ് വ്യക്തമായി ആർക്കാണോ ഇതെല്ലാം നഷ്ടപ്പെട്ടത് ഒരു ക്ഷണത്തിൽ അവൻ അന്യനാണ് അവനാണ് പുരസ്വാമി അവനത് ഉപേക്ഷിച്ചു കഴിഞ്ഞു കാരണം നയസിന് അറിയേണ്ടത് മരണത്തെക്കുറിച്ചാണ് മരണത്തിന് ശേഷം അത് സംഭവിക്കുന്നു എന്താണ് മരണം അത് നയമദേവൻ വിശദീകരിച്ചു കൊടുക്കുകയാണ് അതിൻ്റെ ഈ മന്ത്രം വരുന്നത് മരണം ഇത്രയേ ഉള്ളൂ ഈ ജീവന് ഈ കാര്യകരണ കലാപം നഷ്ടപ്പെടുന്നു ഇതിന്റെ പൂർണ്ണമായ നാശം അതാണ് എന്ന് പറയുന്നത് അജീവൻ അന്യനായിരിക്കുന്നു എന്ന് പറയുമ്പോൾ അതുകൊണ്ട് അജീവന് നാശം സംഭവിക്കുന്നില്ല അവൻ വേറിട്ട് തന്നെ നിൽക്കുന്നു എന്ന് വ്യക്തമാക്കാനാണ് സോ അന്യഹ സിദ്ധ അവൻ അന്യനാണ് ഈ സമൂഹത്തിൽ നിന്ന് വേറിട്ടവനാണ് എന്ന് പ്രത്യേകം പറഞ്ഞത് ംസമാനസരീരസ്ഥേനേഹാന് വിമുച്യേത <coughs> േ്രംസമാനസ ഭ്രംശിച്ചു പോകുന്ന ദേഹാദ്ദേഹത്തിൽ നിന്നും വിമോചിക്കുന്ന ശരീരസ്ഥ ഈ ശരീരത്തിൽ സ്ഥിതിഹീനവനായ അസ്യദേഹിനേഹിക്ക് മരണശേഷം കിം അത്ര പരിശിഷ്യത ഈ ശരീരത്തിൽ അത്ര കിം പരിശേഷ്യതേ കിം എന്ന് പറഞ്ഞ നിഷേധാർത്ഥത്തിലാണ് ഒന്നും തന്നെ ശേഷിക്കുന്നില്ല ഏതദ്വൈ തദ്ദേ ശേഷിക്കുന്നതേതോ അതാണ് ഞാൻ എന്നെ ഉപദേശിച്ചു തരുന്നത് എന്നർത്ഥം അത് നമ്മൾ കൂട്ടിച്ചേർത്തോളം അത്രക്കും പരിശേഷിച്ചത് ഇവിടെ ഒന്നും പരിശേഷിക്കുന്നില്ല എന്നർത്ഥം അദ്ദേഹിക്കു പിന്നെ ദേഹമില്ല ഇന്ദ്രിയങ്ങളില്ല കലാപങ്ങളില്ല ഒന്നും ഈ ദേഹത്ത് ഒന്നും അവശേഷിക്കുന്നില്ല പക്ഷെ ശേഷിക്കുന്ന എന്തോ അതാണ് ആത്മാവ് അതാണ് നിനക്ക് ഉപദേശിക്കുന്നത് എന്നാണ് മതം അപകമാകം തദ്വ ഹി മർത്തിയോ ജീവതീതി ഇവിടെ വേറൊരു തരത്തിലും നമുക്ക് ചിന്തിക്ക കുറച്ചുകൂടി ബാഹ്യമായി സ്ഥൂതമായി ചിന്തിച്ചു കഴിഞ്ഞാൽ മരണം എന്ന് പറയുമ്പോ അവിടെ ഒരു ദേഹി അല്ലെങ്കിൽ ഒരു ആത്മാവ് ഈ ശരീരം വിടുന്നു എന്ന് കണക്കാക്കണ്ട സാധാരണ പറയുന്നത് ശരീര കേവലമായ ശരീരശാസ്ത്രത്തെ മാത്രം പഠിച്ച് മനസ്സിലാക്കുന്നവർ പറയുന്ന എന്താണ് അപകമാ പ്രാണാപാനാദികൾ ഈ ശരീരത്തെ പ്രവർത്തിപ്പിച്ചുകൊണ്ടിരിക്കുന്ന പ്രാണനും അപാനനും മറ്റേന്ദ്രിയങ്ങളും എല്ലാം അപകമാദ് വിട്ടുപോകും ഇതം അതുകൊണ്ട് എന്തുവരുന്നു വിധ്വസ്കംഭോതി ഈ ശരീരം ജീവശൂന്യനായിത്തീരുന്നു മൃദമായി തീരുന്നു വിധ്വസ്കമായി തീരുന്നു മൃദമായി തീരുന്നു നതു തദ്വ്യതിരിക്ത ആത്മാപകമാ അതല്ലാതെ ഈ ശരീരത്തിൽ നിന്നും വേറിട്ട ഒരാത്മാവ് ഈ പ്രാണാപാനന്മാർക്കെല്ലാം അപ്പുറമുള്ള ഒരാത്മാവ് ഈ ശരീരം ഇടുന്നത് കൊണ്ടല്ല ജീവതി ഈ പ്രാണനും അപാനനും കൊണ്ടാണ് മനുഷ്യൻ ജീവിക്കുന്നത് പ്രാണനും അപാനനുമാണ് ഈ ജീവൻ എന്ന് പറയുന്നത് അല്ലാതെ ഒരു ജീവ ആത്മാവുമല്ല ജീവൻ യുധിസ്യാൻ മതം എന്ന് അഭിപ്രായം ചിലർക്കുണ്ട് ചാർവാകന്മാരും കേവല ഭൗതിക വിജ്ഞാനം മാത്രം ആർജിച്ചിട്ടുള്ളവരുമായ അവർക്ക് അങ്ങനെ ഒരു അഭിപ്രായമുണ്ട് ശരീരനാശം അല്ലെങ്കിൽ മരണമെന്ന് പറയുന്നത് ഈ ശരീരത്ത് പ്രവർത്തിച്ചു കൊണ്ടിരിക്കുന്ന ഒരു ശക്തി പ്രാണനെന്നോ മറ്റെന്തെങ്കിലും പേരിൽ പറയാം ഭൗതികമായൊരു ശക്തി വിശേഷം ഈ സംഘാതം കൂടിച്ചേർന്ന് കൊണ്ടായ ഒരു ശക്തി വിശേഷം അത് ഈ സംഘാതത്തിന്റെ ഏതെങ്കിലും തരത്തിലുള്ള വിച്ഛേദം കൊണ്ട് അത് നഷ്ടപ്പെടും അത്രേ ഉള്ളൂ ഏതുപോലെ ഒരു ദീപം കത്തിക്കൊണ്ടിരിക്കുന്ന ഒരു ദീപം അണയുന്നത് പോലെ കത്തിക്കൊണ്ടിരുന്ന ഒരു ദീപം അണഞ്ഞുകഴിഞ്ഞാൽ നമുക്കറിയാം പിന്നീട് അവിടെ ഒന്നും കാണുന്നില്ല ആ ദീപ പ്രഭ വായുവിൽ അതുപോലെ എന്തോ ഒന്ന് ഈ ശരീരത്തിൽ പ്രവർത്തിച്ചു ദീപം പോലെയുള്ള ഒരു പ്രകാശം പോലെയുള്ള ഒരു പദാർത്ഥം ഈ അന്തരീക്ഷത്തിൽ വിലയും പ്രാപിക്കുന്നതാണ് മരണം പിന്നീട് അവിടെ ഒന്നും ശേഷിക്കുന്നു എന്നുള്ളതിന് പ്രമാണിന് തെളിവില്ല എന്ന് പറയുന്നുണ്ട് അതായത് ആത്മാവിന്റെ അസ്തിത്വത്തെ അവർ നിശേഷിക്കുന്നു ശരീരത്തിൽ നിന്ന് അതിരിക്തമായൊരു ആത്മാവില്ല അല്ലെങ്കിൽ പ്രാണന്മാരിൽ നിന്നും ഇന്ദ്രിയന്മാരിൽ നിന്നും ഇന്ദ്രിയങ്ങളിൽ നിന്നും അല്ലെങ്കിൽ വീട് സമൂഹത്തിൽ നിന്നും സംഘാതത്തിൽ നിന്നും അതിരിക്തമായി ആത്മാവ് പറയുന്ന ഒരു വസ്തു ഇല്ല എന്ന് പറയുന്ന ഭൗതികവാദം അങ്ങനെയാണ് പറയുന്നത് അങ്ങനെ ഒരു അഭിപ്രായം ഉണ്ട് ചിലർക്ക് അസ്തി ഇത് ശരിയല്ല അങ്ങനെ പറയുന്നത് ശരിയല്ല എന്നാണ് ശ്രുതി പറയുന്നത് അത് ശ്രുതി വ്യക്തമായി പറയും നമ്മൾ ധരിക്കുന്ന പോലെ എന്തെങ്കിലും ഒരു ഒരു ശക്തി ഈ ശരീരത്തിൽ പ്രവർത്തിക്കുന്നതല്ല ഈ ശരീരത്തിന്റെ ജീവൻ എന്ന് പറയുന്നത് ഇതരേണതു ജീവന്തിശ്രുതൗപ്രാണേന ചക്ഷുരാദിനാവാർത്തിയു മനുഷ്യോ ദേഹവാൻ കശ്ചന ജീവതി ദേഹവാൻ മനുഷ്യ ദേഹവാനായിരിക്കുന്ന നേരത്തെ പറഞ്ഞു മനുഷ്യൻ മാത്രമല്ല സർവ്വപ്രാണികളും പക്ഷെ ചിന്തിക്കുന്നത് മനുഷ്യനാണ് അതുകൊണ്ട് മനുഷ്യനെ എടുത്തു പറ പ്രാണേന പ്രാണനെ കൊണ്ടല്ല ന അപാനേന അപാനനെ കൊണ്ടല്ല ചക്ഷുരാദിനാവ ഇന്ദ്രിയങ്ങളെ കൊണ്ടുമല്ല ജീവതി ജീവിക്കുന്നത് നോപി ജീവതി അങ്ങനെ ഒരുവനും ജീവിക്കുന്നില്ല പരാർത്ഥാനം സംഹത്യകാരിത്വ ജീവനഹേതുവം ഉപാധ്യത അങ്ങനൊരു യുക്തി പറയുകയാണ് ശ്രുതിക്ക് അനുകൂലമായ യുക്തി എന്താണ് യേശാം പരാർത്ഥാന പ്രാണനും അപാനനും ഇന്ദ്രിയങ്ങളും എല്ലാം മറ്റാർക്കു വേണ്ടി പ്രവർത്തിക്കുക പരാർത്ഥമാണ് പരസ്മയി പരാർത്ഥം അന്യനു വേണ്ടി പ്രവർത്തിക്കുകയാണ് സംഹത്യകാരിത്വ മാത്രമല്ല ഇവ കൂടിച്ചേർന്ന് ഒറ്റയ്ക്ക് ഒറ്റയ്ക്ക് ഇവയ്ക്ക് പ്രവർത്തിക്കാൻ കഴിയുന്നില്ല ഇവ എല്ലാം കൂടിച്ചേർന്ന് പ്രാണനും അപാനനും എല്ലാം കൂടിച്ചേർന്ന് പ്രവർത്തിക്കുകയാണ് എവിടെയാണോ കൂടിച്ചേർന്നുള്ള പ്രവർത്തനം നടക്കുന്നത് അത് മറ്റാർക്കു ഒറ്റയ്ക്ക് പ്രവർത്തിക്കാൻ കഴിയാത്തതുകൊണ്ട് ഇവരെ കൂടിച്ചേർക്കുന്ന ഒരു ശക്തിയാണ് കൂട്ടിച്ചേർക്കുന്ന ഒരു ശക്തി അതിനുവേണ്ടി ആരുടെ പ്രേരണ ഇവർക്കൊട്ടു അതാണ് സാഹത്യകാര്യത്വമാണ് അതിന്റെ യുക്തി പ്രാണാപാലന്മാർ ഒരുമിച്ച് ചേർന്ന് പ്രവർത്തിക്കുന്നതുകൊണ്ട് ജീവന ഹേതുത്വം എന്ന ഉപദ്ധി ഇതാണ് ജീവൻ എന്ന് പറയുന്നത് യുക്തിയല്ല യുക്തിക്ക് നിരക്കുന്നതല്ല എന്നർത്ഥം അതാണ് ഇതിനപ്പുറമായ ഒന്നുണ്ട് എന്നുള്ളതിന് യുക്തി അതാണ് ഇവ കൂടിച്ചേർന്ന് പ്രവർത്തിക്കുന്നത് കൊണ്ട് ഇവയെ മറ്റേതോ ഒന്നുണ്ട് ഒരിടത്തും കൂടിച്ചേർന്ന് പ്രവർത്തിക്കുന്നത് മറ്റാർക്കോ വേണ്ടി അല്ലാതെ പ്രവർത്തിക്കുന്നതായി നമ്മൾ കണ്ടിട്ടേ ഇല്ല ഈ പ്രപഞ്ചത്തിൽ ഒന്നും തന്നെ അതുകൊണ്ട് ഇവ കൂട്ടിച്ചേർക്കുന്ന ഒന്ന് അല്ലെങ്കിൽ ഇത് ആർക്കു വേണ്ടിയാണോ കൂടിച്ചേർന്ന് പ്രവർത്തിക്കുന്നത് അങ്ങനെ ഒന്നുണ്ട് അതുകൊണ്ട് മർത്യഹ മർത്യൻ ജീവിക്കുന്നത് അതിനെ ആശ്രയിച്ചിട്ടാണ് സ്വാർഥേന അസംഹതേന പരേണ കേനജി അപ്രയുക്തം സംഹദാനം അവസ്ഥാനം നിർദൃഷ്ടം നിങ്ങൾ ഒന്നിനെ അംഗീകരിക്കുകയോ നിഷേധിക്കുകയോ അത് യുക്തിയുക്തമായിരിക്കണം അല്ലാതെ ഒരാൾ അംഗീകരിക്കുകയോ നിഷേധിക്കുകയോ ചെയ്ത് കഴിഞ്ഞാൽ പിന്നെ അവിടെ ചർച്ചയ്ക്ക് ആവശ്യമുണ്ട് അത് ചിന്താവിഷയമല്ലാതെ അതാണ് സ്വാർത്ഥേന അസംഹതേന പരേണ തന്നോട് കൂടിച്ചേർ ായിരിക്കുന്ന മറ്റൊരു തന്നോട് കൂടിച്ചേരാതെ മാറി നിൽക്കുന്ന ഏതോ ഒന്നും ഇന്ദ്രിയങ്ങളോടും പ്രാണന്മാരോടും യോജിക്കാതെ അതിലുൾപ്പെടാതെ അതിൽ നിന്നും മാറി നിൽക്കുന്നതാണ് സ്വാർത്ഥേന അസംഹതേന പരേൺ കേനജിത് അങ്ങനെയുള്ള ഏതോ ഒന്നിനാൽ അപ്രയുക്തം പ്രേരിപ്പിക്കാതെ അങ്ങനെ സാന്നിധ്യം കൂടാതെ ാന അവാനം നദൃഷ്ട കൂടിച്ചേർന്ന് പ്രവർത്തിക്കുന്ന ഒന്നിന്റെ നിലനിൽപ്പ് നമുക്ക് ചിന്തിക്കാൻ സാധ്യമല്ല പലത് കൂടി ചേർന്ന് ഒരു പ്രവർത്തനം നടക്കുന്നുണ്ടെങ്കിൽ തീർച്ചയായും അതാരും ആർക്കും വേണ്ടിയിട്ടാണ് ഇഷ്ടികയും തടിയും എല്ലാം ഉപയോഗിച്ച് ഒരു വീടുണ്ടാക്കി ആ വീട് മറ്റാർക്കു വേണ്ടിയിട്ടാണ് കാരണം പലത് കൂടി ചേർന്നാണ് അവിടെ ഒരു വീടുണ്ടായത് അപ്പൊ ആ വീട് തീർച്ചയായും ആ വീടുണ്ടാക്കിയ ഒരാൾ കാണും ആ വീട്ടിൽ താമസിക്കാൻ ഒരാൾ കാണും ആ വീടിന്റെ ഭോക്താവ് ആയി മറ്റൊരാൾ കാണും എന്നാലും ഒരു വീടുണ്ടാകത്തുള്ളു അങ്ങനെ ഒരു ഭോക്താവില്ലാതെ ഒരു നിർമാതാവില്ലാതെ ഒരു വീട് ലോകത്ത് ഉണ്ടാകുകയാണെങ്കിൽ തീർച്ചയായും ഒരാത്മാവില്ലാതെ പ്രാണനും ഇന്ദ്രിയങ്ങൾക്കും എല്ലാം പ്രവർത്തിക്കാൻ പറ്റും പക്ഷെ അങ്ങനെ കാണുന്നില്ല അങ്ങനെ കാണുന്നു എന്നൊന്ന് കരുതിയാൽ അത് സാമാന്യ ബുദ്ധിക്ക് നിരക്കാത്തയാണ് അതുകൊണ്ട് അങ്ങനെ പ്രാണനീന്ദ്രിയങ്ങൾക്കും അങ്ങനെ ഒരാളിന്റെ ആവശ്യമില്ലായെങ്കിൽ ഒരു നിർമ്മാതാവില്ലാതെ ഒരു താമസക്കാരനില്ലാതെ ഒരു വീടും ഉണ്ടാകാം അങ്ങനെ സംഭവിക്കുന്നുണ്ടല്ലോ അപ്പോൾ സംഘാതങ്ങൾ എന്നാണ് അടുത്ത് പറയുന്നത് ഗ്രഹാധീന ലോകെ നമ്മൾ കണ്ടിട്ടുണ്ട് ഗ്രഹം ഒരിക്കലും ഗ്രഹത്തിന് വേണ്ടിയല്ല സ്വാർത്ഥമല്ല ഗ്രഹം ഗ്രഹനായകന് വേണ്ടിയിട്ടാണ് ഗ്രഹവാസിക്ക് വേണ്ടിയിട്ടാണ് അങ്ങനെ നമ്മൾ കാണുന്നുണ്ട് വീട് വീടിന് വേണ്ടി ഒരിടത്തും ഉണ്ടാകാറില്ല തനിയും ഉണ്ടാകാറില്ല അങ്ങനെ ഗൃഹാധീനാം ലോക വീടും മറ്റും നമ്മൾ കാണുന്നുണ്ട് ലോകത്ത് പരാർത്ഥത്വ തഥാ അതാണ് പ്രാണാധീനംഹ പ്രാണാദികളും എന്താണ് സംഹോദമായിരിക്കുന്നു അവ കൂടിച്ചേർന്ന് പ്രവർത്തിക്കുന്നു അതുകൊണ്ട് ഭവിതമർഹതി ഒരു സ്വാമി അതിനും ഉണ്ടാകണം ഒരു യജമാനൻ ഒരു മറ്റൊന്നിന്റെ ഏതോ ഒന്നിന്റെ ഒരു സാന്നിധ്യം അതിനുമുണ്ടാകണം പറയുന്നത് അതാ അതുകൊണ്ട് ഇതിരേ നീവ മറ്റൊരാൾ സംഹത പ്രാണാതി വിലക്ഷണേ ആ കൂടിച്ചേർന്നിരിക്കുന്ന പ്രാണാപാനന്മാരിൽ നിന്നും ഭിന്ന സ്വരൂപത്തോടു കൂടിയോ വിലക്ഷണൻ ഭിന്ന സ്വരൂപത്തോടു കൂടി ഉണ്ടെന്ന് വെച്ചാൽ ആ സംഘാതമല്ലോ ജീവന്തി അതിനെ ആശ്രയിച്ചിട്ടാണ് സംഘാതമല്ലാത്ത കേവലനായ ഒന്നിനെ ആശ്രയിച്ച് ഈ സംഘാതങ്ങളെല്ലാം നിലനിൽക്കുന്നു പ്രാണധാരണം ചെയ്യുന്നു അതിന്റെ പ്രവർത്തനങ്ങൾ ഏർപ്പെട്ടിരിക്കുന്നു യസ്മിൻ സംഹതവിലി ആത്മനി ആ സംഘാതവിലായിരിക്കുന്ന ജീവാത്മാവൻ ആത്മനി സതി ക്ഷുരാദിഭി സംഹതോ ഉപാശ്രതവും ഇതിനുപരിയായി നിൽക്കുന്നവൻ പരനായി നിൽക്കുന്നവൻ ആത്മാവ് ആത്മാവിൽ ഏതോ പ്രാണാപാനോ ഈ പ്രാണാപാനന്മാർ ചക്ഷുരാദിഭി ചക്ഷുരാദികളോട് കൂടിച്ചേർന്ന് സംഹതോ ഉപാശ്രിതവും കൂടിച്ചേർന്ന് ആശ്രയിച്ചു നിൽക്കുന്നു യസംഹത അർത്ഥം അതിന് വിശദീകരിക്കുകയാണ് ആ സംഘാതവിലായിരിക്കുന്ന ഏകനായിരിക്കുന്ന അവനുവേണ്ടി സ്വവ്യാപാരം കുറുവൻ വർത്തത പ്രാണാപാനാദികളെല്ലാം സ്വസ്വ്യാപാരം അവരവരുടെ പ്രവൃത്തികൾ ചെയ്തുകൊണ്ട് കഴിയുന്നു സമ്മതസൻ സഹ തോ അന്യസിദ്ധ അഭിപ്രായ സംഹതന്മാരായി കൂടിച്ചേർന്ന് പ്രവർത്തിക്കുന്ന അതിൽ നിന്നും സ തത്വ അന്യ ആ കൂടിച്ചേരാത്ത ഒരുവൻ ഇതിൽ നിന്ന് വിട്ടുനിൽക്കുന്ന ഒരുവൻ അന്യനാണെന്ന് സിദ്ധമായി അതുകൊണ്ട് ഇന്ദ്രിയങ്ങളിൽ നിന്നും പ്രാണാദികളിൽ നിന്നും അന്യനായ ഒരാത്മാവുണ്ടെന്ന് യുക്തി കൊണ്ട് സമർത്ഥിക്കാം യുക്തിയെ അംഗീകരിക്കുന്നുവെങ്കിൽ തത്വവിചാരത്തിന് ആത്മവിചാരത്തിന് യുക്തിയെ സ്വീകരിക്കുന്നു ആ യുക്തി കൊണ്ട് നമുക്ക് അംഗീകരിക്കാമെന്താണോ ഈ സംഘാതത്തിന് പിന്നെ ഈ സംഘാതത്തിന് ചൈതന്യം കൊടുക്കുന്ന മറ്റൊന്നിന്റെ സാന്നിധ്യമുണ്ട് അതിനെയാണ് ഇവിടെ ആത്മാവ് പറയുന്നത് എന്നാണ് അതിന്റെ താത്പര്യം മൃത്യോ ജീവതികശ്ശന ഇതരേണതു ജീവന്തി യൻ എ ഉപാശ്രത